ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കണ പോലെ പരമാത്മാവ് ജീവനെ സദാ ആകർഷിച്ചുകൊണ്ടേ ഇരിക്കണ്ട് പക്ഷെ ഇരുമ്പിന്റെ മേലെ കുറെ മണ്ണ് കിടന്നാൽ ആ ആകർഷണ ആകർഷിച്ചാലും ആകർഷിക്കപ്പെടില്ല ഇരുമ്പിന്റെ മേലെ മണ്ണാണ് കിടക്കണതെങ്കിൽ ഇരുമ്പ് കാന്തത്തിന്റെ നേരെ നീങ്ങില്ല ആ മണ്ണ് തട്ടിക്കളഞ്ഞാൽ നീങ്ങും അപ്പൊ മണ്ണ് തട്ടിക്കളഞ്ഞപ്പോൾ ആകർഷണം തുടങ്ങി എന്ന അർത്ഥമല്ല മണ്ണ് തട്ടിക്കളയുന്നതിന് മുമ്പും മണ്ണ് കിടപ്പും കിടക്കുമ്പോഴുമൊക്കെ കാന്തത്തിന്റെ ആകർഷണം അതേപോലുണ്ട് പക്ഷെ ഇരുമ്പിന്റെ മേലെ കിടക്കുന്ന മണ്ണ് കാന്തത്തിന്റെ ആകർഷണ ശക്തിയെ അതേപോലെ ഭഗവാന്റെ കൃപാശക്തി കൃപാ സമീരണൻ എന്ന് ഭഗവാൻ ഏകാദശത്തിൽ ഉദ്ധവരോട് പറഞ്ഞു കൃപയാവുന്ന വായു വീശിക്കൊണ്ടേയിരിക്കണമെന്നാണ് കൃപ ഒരു ദിവസം പെട്ടെന്ന് വരുന്നതാണെങ്കിൽ ഭഗവാന് പക്ഷപാതമുണ്ടോന്നർത്ഥമാവും ആർക്കോ ഒരാൾക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കണോന്ന് അർത്ഥമാവും അപ്പൊ അത് ശരിയല്ല കൃപ എപ്പോഴും ഉണ്ട് കൃപ സദാ ഉണ്ട് പക്ഷെ കൃപയെ ഗ്രഹിക്കാനുള്ള പക്വത ഈ ജീവൻ ഏർപ്പെടുമ്പോ ആ കൃപാവലയത്തിന്റെ ഉള്ളിലേക്ക് കുടുങ്ങുമ്പോ കാന്തം ഇരുമ്പിനെ ആകർഷിക്കണ പോലെ അയസ്കാന്തോപലം സൂചിക ഒരു കാന്തം സൂചിയെ ആകർഷിക്കണ പോലെ ഈശ്വരൻ ജീവനെ ആകർഷിച്ചു തുടങ്ങണു ആ ആകർഷണമാണ് ഭക്തി ഭക്തി ഒരു സാധനയല്ല ഭക്തി ജീവന്റെ പരിശ്രമമല്ല ഭക്തി ഒരു അനുഭവമാണ് ഭക്തി അനുഭൂതിയാണ് ജീവൻ ചിത്തശുദ്ധി ഏർപ്പെടുമ്പോ ഭക്തി അനുഭവപ്പെട്ട് തുടങ്ങുന്നു അപ്പൊ ആർക്കും ഞാൻ ഭക്തി ചെയ്യണു ഞാൻ ഭക്തൻ എന്ന് അഭിമാനിക്കാൻ ആർക്കുമേ അർഹതയ്ക്ക ഭക്തി ആണ് ഞങ്ങളുടെ മാർഗം എന്ന് പറയുമ്പോ തന്നെ ഭക്തിമാർഗം പോയി ഞങ്ങൾ ഭക്തിമാർഗത്തിൽ പോകുന്നവരാണ് എന്ന് പറയുമ്പോ തന്നെ ഭക്തിമാർഗം പോയി ഇങ്ങനെ പറയാൻ പറ്റും അപ്പൊ ഈ പോകുന്ന ഒരു ഞാനുണ്ട് ചെയ്യുന്ന കർത്തൃത്വമുള്ളത്തോളം ഭഗവാന്റെ കൃപാശക്തി ഇല്ല അവിടെ ത്യാഗരാജസ്വാമികൾ ഒരു കീർത്തനത്തിൽ പാടി രാമ തെളിയലേത്തു രാമ ഭക്തിമാർഗം എന്തോ ത്യാഗരാജസ്വാമികൾ പറഞ്ഞു എനിക്ക് ഭക്തിമാർഗം എന്താണെന്ന് മനസ്സിലാവണില്ല ഭക്തി എന്താന്ന് എനിക്ക് ഒട്ടും പിടി കിട്ടണില്ല എത്ര ചിന്തിച്ചിട്ടും ഭക്തിയെക്കുറിച്ച് ഒരു പിടിയും കിട്ടണില്ല അത് എന്താന്ന് വെച്ചാൽ ഭക്തി ഭഗവത് കൃപയുടെ അനുഭവമാണ് ഭക്തി അതാണ് അന്ന് ഒരു ദിവസം പറഞ്ഞു രാമലിംഗസ്വാമികൾ സമരസന്മാർഗം എന്ന് പറഞ്ഞു പറയുമ്പോ മൂന്ന് തലമായിട്ട് പറഞ്ഞു ആത്മസാക്ഷാത്കാരം കൃപാസാക്ഷാത്കാരം ഈശ്വര ജീവൻ തന്നെ സ്വരൂപത്തിനെ അറിയുന്നു അതോടുകൂടി അഹങ്കാരനാശം ആത്മസാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം എന്ന് വെച്ചാൽ എന്താണ് ആത്മസാക്ഷാത്കാരം എന്നുവെച്ചാൽ ഈ ജീവന് നല്ലവണ്ണം തെളിഞ്ഞു തനിക്ക് കർത്തൃത്വമില്ല ഭോക്തൃത്വമില്ല താനൊന്നും ചെയ്യണില്ല നിശ്ചലമായ ഒരു വസ്തു ഉള്ളിലുണ്ട് ആ വസ്തുവിനെ കണ്ടെത്തിയതോടുകൂടെ തന്നെ ഈ അഹങ്കാരത്തിന്റെ ബലം പോകും പിന്നെ അഹങ്കാരം പോലെ ഉണ്ടായിരുന്നാലും അത് അറിവുള്ളവന്റെ അഹങ്കാരം അഹങ്കാരമല്ല അറിവെന്ന് വെച്ചാൽ പുസ്തകജ്ഞാനമല്ല പറയുന്നത് കണ്ടറിവുണ്ടെങ്കിൽ അവന് നല്ലവണ്ണം അറിയാം താനൊന്നും ചെയ്യണില്ല തന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നറിയാം ജഡമായ ശരീരത്തിന് സ്വയമേവ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നറിയാം ഇത് ആത്മസാക്ഷാത്കാരം രണ്ടാമത്തെ തലമെന്താ ആ കർത്തൃത്വം നശിച്ചു കഴിഞ്ഞാൽ അതാണ് ശരണാഗതിയും ആത്മസാക്ഷാത്കാരം തന്നെ ശരണാഗതി ശരണാഗതി കഴിഞ്ഞാൽ ആ ശരീരത്തിലൂടെ പ്രഭുവിന്റെ ശക്തി ഭഗവാന്റെ ശക്തി പ്രവർത്തിക്കുന്നതിന്റെ വൈഭവം കാണാൻ കഴിയും ഇതിനെയാണ് കൃപാസാക്ഷാത്കാരം എന്ന് പറഞ്ഞത് ആ കൃപാസാക്ഷാത്കാരത്തിന്റെ അടുത്തപടിയാണ് സർവരാചരങ്ങൾ മുഴുവൻ ആ പരമാത്മാ നിറഞ്ഞു നിൽക്കുന്നത് എങ്ങും എവിടെ നോക്കിയാലും ഒരു ഒഴിവില്ലാതെ എന്നാണ് ഒരു ഇടവില്ലാതെ ഒരു നടുവിലൊരു വേക്കന്റ് സ്പേസ് ഇല്ലാതെന്നറിഞ്ഞു നിൽക്കണം തമിഴില് തായുമാനവ സ്വാമികൾ പറഞ്ഞു പാക്കും ഇടം എങ്കും ഒരു നീക്കം അര നിറൈഹിണ്ട പരിപൂർണ ആനന്ദമേ പാക്കും ഇടം എങ്കും ഒരു നീക്കം അരനിറൈകിണ്ട പരിപൂർണ ആനന്ദമേ നോക്കുന്നിടത്തൊക്കെ ഒരു നീക്കം അരനിറൈകിൻഡ് ഒരു ചെറിയൊരു സ്പേസ് പോലും ഇല്ല അങ്ങോട്ട് ഇങ്ങോട്ട് നീക്ക എന്ന് വെച്ചാൽ എങ്ങനെ എങ്ങനെ ആക്കാനൊരു സ്പേസ് വേണം ആ നീക്കാനുള്ള സ്ഥലം പോലും ഇല്ലാതെ നിറഞ്ഞു നിൽക്കുന്ന പരിപൂർണ്ണ ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ അത് അവിടെ ഈശ്വരൻ സർവവ്യാപി മയാതമിതം സ്വർവം ജഗത് ജഗത്ത് മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന പ്രഭുവിനെ കാണുന്നത് ഈശ്വര സാക്ഷാത്കാരം ഇത് വാസ്തവത്തിൽ ഈ മൂന്നായിട്ട് പിരിച്ചാലും ഒന്നേ ഉള്ളും തന്നെ കണ്ടെത്തിയാൽ ബാക്കിയൊക്കെ തനിയെ നടക്കും തന്റെ സ്വരൂപം കണ്ടെത്തിയാൽ ബാക്കിയൊക്കെ തനിയെ നടക്കും അതുകൊണ്ടാണ് രമണ മഹർഷിയോട് ഒരാള് ചോദിച്ചു വിശിഷ്ടാദ്വൈതം അദ്വൈതം ദ്വൈതം ഇതിനു മൂന്നിനും വ്യത്യാസം എന്താണ് മഹർഷി പറഞ്ഞു ദ്വൈതികളും വിശിഷ്ടാദ്വൈതികളും അദ്വൈതികളും എല്ലാവരും ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് ആത്മസാക്ഷാത്കാരം തന്നെ താൻ കണ്ടെത്താ താൻ ആരെന്ന് താൻ ആരെന്ന് അറിഞ്ഞ ശേഷം എന്ത് സംഭവിക്കണെന്നുള്ളതിനെ കുറിച്ചേ ഇവർക്ക് തല്ലുള്ളൂ അങ്ങോട്ടും ഇങ്ങടും അപ്പൊ മഹർഷി പറഞ്ഞു മൂന്ന് പേരും സമ്മതിക്കുന്ന കാര്യം ആത്മസാക്ഷാത്കാരം ആദ്യം അതങ്ങട് കണ്ടെത്താം എന്നിട്ട് നമുക്ക് ആലോചിക്കാം അദ്വൈതമോ ദ്വൈതമോ എന്നുള്ളതൊക്കെ അനുഭവ തലത്തിൽ മുൻകൂട്ടി ചിന്തിച്ച് കശവിശ കൂട്ടിയിട്ട് കാര്യം ആദ്യമേ ചിന്തി കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിച്ചു അപ്പോ ആത്മാനുഭവത്തിന് ഈ ജീവന് പരമാത്മാവിനോട് ആകർഷണം ഏർപ്പെടുന്നു ആകർഷണത്തിനെയാണ് ഭക്തി എന്ന് പറഞ്ഞത് ആകർഷിക്കുന്നവൻ കൃഷ്ണൻ കർഷതീതി കൃഷ്ണ കൃഷി അർത്ഥം പറഞ്ഞു കൃഷി കർഷണം ആകർഷണം ഭഗവാന്റെ ആകർഷണം ഉണ്ടെങ്കിലേ ജീവന് ഭക്തി ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ എങ്ങനെ എല്ലാരും ഭക്തി വേണം ഭക്തി വേണം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയാൽ ഒന്നും തോന്നണില്ലല്ലോ ഒന്നും തോന്നണില്ലല്ലോ വിഗ്രഹംന്ന് തോന്നുന്നു മൂർത്തിയെ ഒഴിച്ച് ബാക്കിയുള്ളവരെയൊക്കെ കാണാൻ തോന്നുന്നു പല മെനക്കെട്ട് അമ്പലം വരെ പോയിട്ട് കഷ്ടപ്പെട്ട് അവിടെ പോയി തൊഴാൻ പോയിട്ട് പൂജാരി ശരിക്ക് പൂജ ചെയ്തില്ല വിളക്ക് തുടച്ചിട്ടില്ല അമ്പലം വൃത്തിയായിട്ട് വെച്ചിട്ടില്ല ആളുകളൊന്നും ഭക്തിയെ ഇല്ല ഇതൊക്കെ നോക്കിട്ട് വരും ചെലപ്പോ എന്തു മൂർത്തിയാന്ന് പോലും അറിയില്ല പുറത്തു വന്നിട്ട് അതൊഴിച്ചെല്ലായിടത്തും ശ്രദ്ധ പതറി പോകും അപ്പൊ എന്താണ് ആകർഷണം തോന്നണില്ല അപ്പൊ ഭഗവാനോട് ആദ്യം ഭക്തിക്കല്ല പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനെ ആകർഷണം തരൂ ആദ്യത്തെ അതാണ് ആകർഷണം എപ്പോ ആകർഷണം ഉണ്ടാവും ഭഗവാന്റെ സൗന്ദര്യം ദർശിച്ചാൽ നമുക്ക് എവിടെ സൗന്ദര്യം കാണുന്നുണ്ടോ അവിടെ ആകർഷണമുണ്ട് നാരദ മഹർഷി ഭക്തി സൂത്രത്തിൽ എന്തു പറഞ്ഞു വെച്ചാൽ ഭഗവാനിൽ സൗന്ദര്യം തോന്നുന്നില്ലെങ്കിൽ സൗന്ദര്യം തോന്നുന്ന വസ്തുവിനെ ഭഗവാനായിട്ട് ഉപാസിക്കൂ സൗന്ദര്യം തോന്നിയാലേ മനസ്സേകാഗ്രപ്പെടുള്ളൂ അതാണ് രമണ മഹർഷി അക്ഷരമണമാലയിൽ അരുണാചലേശ്വരനോട് പാടി മനസ്സ് ലോകം മുഴുവൻ അലയണു ഭഗവാനെ ഊരുചുറ്റൽ ലോകത്ത് മുഴുവൻ ചുറ്റിക്കൊണ്ടിരിക്കുന്നു ആ മനസ്സ് ഒരിടത്ത് നിൽക്കണമെങ്കിൽ അഴക് കാണണം ഊർചുറ്റ് ഉള്ളം വിടാതെ ഉനൈക്കണ്ട് അടങ്ങിട അവിടത്തെ കണ്ട് അടങ്ങണമെങ്കിൽ ഉൻ അഴകൈക്കാട്ട് എൻ അരുണാചലാണ് അവിടുത്തെ സൗന്ദര്യം എനിക്ക് കാണിച്ചു ആ അനിർവചനീയമായ അലൗകികമായ സൗന്ദര്യം എനിക്ക് കാണിച്ചു തരാം അലൌകിക സൗന്ദര്യം കണ്ടാ മനസ്സടങ്ങും അലൗകിക സൗന്ദര്യ ലൌകിക സൗന്ദര്യത്തിൽ ഭ്രമിച്ചിരിക്കുന്ന ബുദ്ധി അതിനെ വിട്ടു അതിനെ വിട്ടു വരണമെങ്കിൽ അലൌകിക സൗന്ദര്യം കാണണം അല്ലെങ്കിൽ എങ്ങനെ വിട്ടുവരും ശ്രീരാമാനുജാചാര്യരുടെ കഥയിൽ അദ്ദേഹത്തിന്റെ ഒരു ദാസൻ അദ്ദേഹം ആദ്യം വലിയ ഗുസ്തിക്കാരനായിരുന്നു ശ്രീരംഗത്തില് ബലവാനായ ഗുസ്തിക്കാരൻ ഒരുപാട് പേര് ഗുസ്തിയിലും അലർത്തിയിട്ടുള്ള ആളാണ് അയാൾക്ക് ആ നാട്ടിലെ ഒരു നർത്തകി ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൽ മയങ്ങി പോയി ഇത്ര പ്രബലനായ ഗുസ്തിക്കാരൻ ഈ സ്ത്രീയുടെ പുറകെ നടക്കുക കൊറേ കാലമായി നടന്നു എന്നെ കല്യാണം കഴിക്കൂ ആ സ്ത്രീ ഇയാളോട് പുച്ഛം തോന്നിയിട്ട് ഇയാളോട് പറഞ്ഞു എന്റെ പുറകെ കൊട നടക്ക കുറച്ചു ദിവസം എന്നാ ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു അത്രേ അപ്പൊ ഈ സ്ത്രീയുടെ സൗന്ദര്യത്തിൽ മയങ്ങി ഈ ഗുസ്തിക്കാരൻ ഈ സ്ത്രീയുടെ പുറകെ കൊട പിടിച്ച് അപ്പൊ ശ്രീരാമാനുജാചാര്യർ ഒരു ദിവസം രംഗനാഥനെ ദർശിക്കാൻ പോണ വഴിയില് കണ്ടു ഇതാ ഒരു ബലവാനായ ആറടി പൊക്കം നല്ല ശരീരം ഉള്ള ഒരാള് ഈ സ്ത്രീയുടെ പുറകെ കൊടയും പിടിച്ച് നടക്കണം അങ്ങോട്ടിങ്ങോട്ട് നോക്കണില്ല അത്രേ അങ്ങട് ഇങ്ങോട്ട് ദൃഷ്ടി ഈ സ്ത്രീയിൽ മാത്രം അങ്ങോട്ട് നോക്കണില്ല ഇങ്ങോട്ട് നോക്കണില്ല അത്ര നമ്മൾ വേണമെങ്കിൽ അജ്ഞാന തോന്നും ഇയാൾ ആസക്തൻ ആ സ്ത്രീയിൽ രാമാനുജനത എങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ ഇവന്റെ ഉള്ളിൽ ഭക്തി ഉണ്ട് എന്താന്ന് വെച്ചാൽ ഏതോ ഒന്നില് രമിക്കും അതെന്തോ ആവട്ടെ എങ്ങനെയുള്ള വസ്തുവട്ടെ അത് ഉയർന്നോ വലുതോ ചെറുതോ ഒന്നുമില്ല ഇവനേതോ ഒരു സൗന്ദര്യത്തിൽ രമിച്ച് അത് ഒഴിച്ച് ബാക്കിയുള്ളതിനുമൊക്കെ മാറ്റിയിരിക്കും ഇവനെ പിടിച്ചാൽ കാര്യം വേഗം നടക്കും അപ്പോ ഒരു ദിവസം ഇവനെ ഇവന്റെ വീട്ടിലേക്ക് രാമാനുജാചാര്യർ കയറി ചെന്നു അപ്പോഴും നോക്കിയില്ല ഒരു വ്രതം അവളെ അല്ലാതെ വേറെ ആരെയും നോക്കില്ല രാമാനുജൻ അദ്ദേഹത്തിനോട് ചോ ഈ ഗുസ്തിക്കാരനോട് രാമാനുജൻ ചോദിച്ചു ഇത്ര പ്രബലനായ ഗുസ്തിക്കാരൻ ഇപ്പൊ ഗുസ്തിക്ക് ഒന്നും ഈ സ്ത്രീയുടെ പുറകെ തന്നെ എപ്പോഴും കുടയും പിടിച്ച് നടക്കാണ് അപ്പൊ രാമാനുജൻ ചോദിച്ചു എന്ത് കണ്ടിട്ടാണ് ഇത്ര ബലവാനായ താൻ എല്ലാം വിട്ട് കൊട പിടിച്ച് ഇവളുടെ പുറകെ എങ്ങനെ നടക്കണമല്ലോ അദ്ദേഹം പറഞ്ഞു അവളുടെ കണ്ണിന്റെ ഒരു സൗന്ദര്യം ആ കണ്ണ് കണ്ടതോടെ ഞാൻ മയങ്ങിപ്പോയി രാമാനുജൻ ചോദിച്ചു പറഞ്ഞു അതിനേക്കാളും സൗന്ദര്യമുള്ള ഒരു കണ്ണ് കാണിച്ചു തന്നാ നീ അവളെ ഉപേക്ഷിച്ചു വരുവോ ഏയ് അതിനേക്കാളും സൗന്ദര്യമുള്ള ഒരു കണ്ണ് ഉണ്ടാവാനേ വഴിയില്ല രാമാനുജൻ പറഞ്ഞു ഉണ്ടാവാൻ വഴിയില്ല നിഷേധിക്കണ്ട കാണിച്ചു തന്നാലോ അപ്പൊ ഞാൻ നോക്കാം രാമാനുജൻ പറഞ്ഞു തന്റെ അടുത്തുള്ള ശിഷ്യന്മാരെ കൊണ്ട് അയാളുടെ കണ്ണ് കെട്ടാൻ പറഞ്ഞു കണ്ണില് തുണി കെട്ടി കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി അതാണ് ദേശികൻ ദേശികൻ വെച്ചാൽ കാണിച്ചു കൊടുക്കണ ആളെന്ന് അർത്ഥം കൈ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നവൻ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി നേരെ രംഗനാഥന്റെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തി രംഗനാഥന്റെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തി രംഗനാഥനെ സാധാരണ കണ്ണുകൊണ്ട് കണ്ടാൽ ഒരുപക്ഷെ സൗന്ദര്യം തോന്നില്ലായിരിക്കാം പക്ഷേ ഒരു ദേശികൻ കാണിച്ചു അദ്ദേഹം കണ്ട ദർശനം മുഴുവൻ നമുക്ക് ഇയാളുടെ കെട്ട് അവിടെ വെച്ച് കണ്ണ് കെട്ട് അഴിച്ചു ആനന്ദരൂപേ നിജബോധരൂപേ ബ്രഹ്മസ്വരൂപേ ശ്രുതിമൂർത്തിരൂപേ ശശാകരൂപേ രമണീയരൂപേ ശ്രീരംഗരൂപേ രമതാമനോമേം രമണീയമായ രംഗനാഥന്റെ കണ്ണിലേക്ക് തന്നെ കൈചൂണ്ടി കാണിച്ചു കൊടുത്തു രാമാനുജൻ കാണിച്ചതോടുകൂടെ ഈ ഭക്തൻ മൂർച്ഛിച്ചവടെ വീണു ആ അലൗകിക സൗന്ദര്യം കണ്ടതോടുകൂടെ മൂർച്ഛിച്ചവിടെ വീണു അത് കഴിഞ്ഞ് ലോകമേയും മറന്നു രംഗനാഥനെയും മറന്നു രാമാനുജനെ ഗതി നായി കാണിച്ചു തന്ന ദേശികനെ എല്ലാത്തിനും മേലെ നായി പരമഭക്തനായിട്ട് അപ്പോ ഭക്തി എന്നുള്ളത് ഭക്തി എന്നുള്ളത് ദർശനമേ ഭക്തി ദർശിച്ചാലേ ഭക്തി ഉണ്ടാവും യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് ആധ്യാത്മിക അനുഭവത്തിന് ശേഷം ഏർപ്പെടുന്നതാണ് അതിനുമുമ്പ് ഏർപ്പെടുന്നത് സാധനാഭക്തി സാധ്യഭക്തി രണ്ടെണ്ണം ഉണ്ട് ഭക്ത്യാ സഞ്ചാതയാ ഭക്തിഭ്രീ ഉത്പുളകാം തണു സാധാരണ അമ്പലത്തിൽ പോണു ജപിക്കുന്നു ഭാഗവതം വായിക്കുന്നു നമ്മളിത് പറയുന്നു കേൾക്കുന്നു ഇതൊക്കെ സാധനാഭക്തി സാധ്യഭക്തി ദർശനം ദർശനം ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മറക്കാൻ പറ്റില്ല ദർശനത്തിന് മുമ്പ് സ്മരിക്കാൻ ബുദ്ധിമുട്ട് സ്മരിക്കണം സ്മരിക്കണം മനസ്സ് പിടിച്ചിട്ട് കിട്ടണില്ല പല റെഡിയാണ് വേണം എന്നൊക്കെ തോന്നുന്നു പക്ഷെ പറ്റണില്ല എന്താന്ന് വെച്ചാൽ ദർശിച്ചില്ല യഥാർത്ഥത്തിൽ ദർശിച്ചവരാരെ ഗോപസ്ത്രീകൾ ദർശിച്ചു അവർ പറഞ്ഞു വിസ്മർത്തും നൈവ ശക്നുമ ഞങ്ങൾക്ക് മറക്കാൻ പറ്റണില്ല മറക്കാൻ ഞങ്ങൾക്കൊട്ട് പറ്റണില്ല എന്താ കാണേണ്ട രീതിയിൽ കണ്ടാ മറക്കാൻ പറ്റില്ല കണ്ണുകൊണ്ട് കണ്ടാ പോരാ ഹൃദയം കൊണ്ട് കാണണം ഹൃദയം കൊണ്ട് കണ്ടാ മറക്കാൻ പറ്റില്ല വെറും പുറം കണ്ണുകൊണ്ട് മാത്രം കണ്ടാ മറന്നുപോവും ചിലപ്പോ കാണുകയേയില്ല പശ്യൻ അപിച്ചന പശ്യതി മൂഢ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടേയിരിക്കും കാണില്ല അപ്പൊ അങ്ങനെ കാണുകയാണെങ്കിൽ അതൊരു ഭക്തി അതിനു മേലെയും സരസ്വതി സ്വാമി പറഞ്ഞു ഭക്തി നേരിട്ട് കണ്ടിട്ട് തന്നെ ഭക്തി വരണം ശ്രവണസ്മരണാർഹാണി കരിഷ്യൻ നിധി കേചന ശരിക്കു അനുഭവിച്ച് പറഞ്ഞു കേട്ടാലും കണ്ട പോലെ തന്നെ ഒരു അനുഭവം ഏർപ്പെട്ടിട്ട് അതില് മനസ്സ് നിൽക്കും കാണണം എന്നുള്ള കൊതിയിൽ തന്നെ ദിദൃക്ഷയാ ആത്മദിദൃക്ഷയാ വിപ്രപത്നികൾ ബ്രാഹ്മണപത്നികൾ ഭഗവാനെക്കുറിച്ച് കേട്ട് കേട്ട് കേട്ട് കേട്ട് പ്രായശ്രുത പ്രിയതമോദയ കർണപൂരൈ തസ്മിൻ നിമഗ്ന മനസഹ ചെവി നിറച്ചു എന്നാണ് കേട്ട് കേട്ട് കേട്ട് കേട്ട് ചെവി നിറച്ച് നിമഗ്ന മനസ അപ്പോ ആ ശ്രവണം ഒരു ദർശനം ശ്രവണം വാസ്തവത്തിൽ ദർശനത്തിനേക്കാളും സൂക്ഷ്മം ശ്രവണം ദർശനത്തിനേക്കാളും സൂക്ഷ്മമാണ് എന്താന്ന് വെച്ചാൽ കണ്ണ് എന്ന് പറയുന്നത് അഗ്നി കൊണ്ടുണ്ടായ ഇന്ദ്രിയമാണ് ചെവി എന്ന് പറയണത് ആകാശം കൊണ്ടുണ്ടായ ഇന്ദ്രിയമാണ് ആകാശം കൊണ്ടുണ്ടായ ഇന്ദ്രിയം ശ്രവണത്തിനേക്കാളും സൂക്ഷ്മം മണക്കുന്നതിനെക്കാളും രുചിക്കണത് സൂക്ഷ്മം രുചിക്കുന്നതിനേക്കാളും കാണണത് സൂക്ഷ്മം കാണുന്നതിനെക്കാളും സ്പർശിക്കുന്നത് സൂക്ഷ്മം സ്പർശിക്കുന്നതിനേക്കാളും കേൾക്കണത് സൂക്ഷ്മമാണ് എന്നാണ് അതുകൊണ്ടാണ് വേദാന്തജ്ഞാനം ശ്രവണം കൊണ്ടുണ്ടാവും എന്ന് പറഞ്ഞത് ശ്രവണം ഏറ്റവും സൂക്ഷ്മമായ ഇന്ദ്രിയമാണ് ശ്രവണം ശബ്ദം അപ്പൊ ശ്രവണം കൊണ്ട് കാണാനുള്ള കൊതി അനുഭവിക്കാനുള്ള കൊതി ഏർപ്പെടും ആ അനുഭവിക്കാനുള്ള കൊതി ഏർപ്പെട്ട് അതും ഒരു ധ്യാനത്തിന് കാരണമായിട്ട് തരും അതാണ് ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യൊക്കെ നമ്മൾ പറഞ്ഞത് മഥുരാപുരിയിൽ നിന്നും വ്രജത്തിലേക്ക് കൃഷ്ണൻ പോയി അനേക വർഷങ്ങൾ കഴിഞ്ഞു അക്രൂരർക്ക് അന്നുമുതൽ അറിയാം അക്രൂരൻ എന്ന് വെച്ചാൽ ക്രൂരത അല്പം പോലും ഇല്ലാത്തവൻ അർത്ഥം ഉള്ളിലെ ആരോടും ദ്വേഷമില്ലാത്തവൻ ഭക്തിയുടെ ഫസ്റ്റ് ലക്ഷണം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ ഭക്തൻ ആരാണെന്ന് പറയുമ്പോൾ ആദ്യത്തെ ലക്ഷണം അതാണ് പറഞ്ഞത് അദ്വേഷ്ടഭൂതാനാം മൈത്ര കരുണയേവച് നിർമ്മമോ നിരഹങ്ക സമദുഖസുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി യോ ഭക്തസമയപ്രിയേഷ്ടം ആദ്യത്തെ ലക്ഷണമേ ദ്വേഷം ആരോടും ഇല്ലെന്ന് ഒരാളോടും ഇല്ല അങ്ങനെയുള്ള അക്രൂരര് അക്രൂരരെ വിളിച്ച് കംസൻ പറഞ്ഞു കംസന് സമയമായപ്പോ നാരതര് വാർത്തയെത്തിച്ചു ആ വ്രജത്തില് നന്ദഗോപന്റെ പുത്രനായിട്ട് വളരുന്നത് വസുദേവർക്കും ദേവകിക്കും ജനിച്ച എട്ടാമത്തെ കുട്ടിയാണ് ഇതറിഞ്ഞതോടെ കംസന് വെപ്രാളമായി അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വധിക്കണം അതിന് ധനുര്യാഗത്തിന് ഏർപ്പാട് ചെയ്തു എന്നിട്ട് അക്രൂരരോട് പറഞ്ഞു അങ്ങ് പോയി വിളിച്ചുകൊണ്ടുവരണം അങ്ങ് വിളിച്ചാലേ വരുകയുള്ളൂ അങ്ങനെ അക്രൂരര് പുറപ്പെടാൻ നിൽക്കണു അക്രൂരർക്ക് ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല വളരെ കാലമായി മനസ്സ് ഭഗവാനിൽ നിൽക്കണം ഗുരുവായൂർക്ക് പോകണം എന്ന് പോവാൻ പാടില്ല എന്നാലേ ഭക്തി വരുള്ളൂ എന്നാണ് അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടണം പോവാൻ പാടില്ല എന്ന് പറഞ്ഞ് മുറിയിൽ ഇട്ട് പൂട്ടണം എന്നാലേ ഭക്തി വരുള്ളൂ ഭാഗവതം കേൾക്കണം കേൾക്കണം എന്ന് ആശിക്കണം വിടാൻ പാടില്ല ഭാഗവതത്തിന് രവിപൂര അമ്പലത്തിനുള്ളിൽ കാറിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് കാറിൽ കൂട്ടിക്കൊണ്ടുപോണ ഭർത്താവാണെങ്കിൽ ചിലപ്പോൾ ഭക്തി വരില്ല പോവാൻ പാടില്ല എന്ന് പറഞ്ഞ് നാല് ചീത്തയും പറഞ്ഞ് അവിടെ ഇട്ട് പൂട്ടിയിട്ടാലയ്യോ പോവാൻ കഴിഞ്ഞില്ലല്ലോ പോവാൻ കഴിഞ്ഞില്ലല്ലോ അവിടെ ഭാഗവതം കേൾക്കണം കൊതിയിലേ ഭക്തി വരും അപ്പൊ അനുസന്ധാനമാണ് ഭക്തി നേരിട്ട് കാണുന്നതിനെക്കാളും അനുസന്ധാനം ഭക്തി അനുസന്ധാനം സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിധീയത്തെ ആചാര്യസ്വാമികൾ ഭക്തിയെ അങ്ങനെയാണോ വ്യാഖ്യാനിച്ചത് അനുസന്ധാനം ഭക്തി ദർശനമല്ല കൃഷ്ണാവതാരകാലത്ത് എത്രയോ പേര് കൃഷ്ണനെ കണ്ടിട്ടുണ്ട് അവർ പലർക്കും ഭക്തി ഉണ്ടായില്ല രാമാവതാര കാലത്തിൽ എത്രയോ കുരങ്ങുകളും രാക്ഷസന്മാരും ഒക്കെ രാമനെ കണ്ടിട്ടുണ്ട് പലർക്കും ഭക്തി ഉണ്ടായില്ല മുക്തി വേണമെങ്കിൽ ചിലപ്പോ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും ഭക്തി ഉണ്ടായില്ല പക്ഷെ രാമാവതാരത്തിന് എത്രയോ കാലത്തിന് ശേഷം ജനിച്ച ആളാണ് ത്യാഗരാജൻ എത്രയോ കാലത്തിന് ശേഷം ജനിച്ച ആളാണ് തുളസീദാസ് എത്രയോ രാമഭക്തന്മാർ ഈ അറിയപ്പെടാതെ എത്രയോ ഭക്തന്മാർ അവര് രാമനെ രാമാവതാര കാലത്ത് കണ്ടവരല്ല എങ്കിലും അനുസന്ധാനം കൊണ്ട് ശ്രവണം കൊണ്ട് തന്നെ അവർക്ക് ഏർപ്പെട്ട ഭക്തി അവതാരകാലത്തിൽ ജനിച്ച പലർക്കും ഏർപ്പെട്ടില്ല കൃഷ്ണാവതാരകാലത്ത് ജനിച്ച പലർക്കും മീരാബായിക്ക് ഏർപ്പെട്ട ഭക്തി ഉണ്ടായിരുന്നില്ല സൂര്ദാസനുണ്ടായിരുന്ന ഭക്തി ഉണ്ടായിരുന്നില്ല അപ്പൊ അവതാരകാലത്ത് ദർശനത്തിനേക്കാളും മുഖ്യം അനുസന്ധാനം അനുസന്ധാനമാണ് ഭക്തി അക്രൂരർക്ക് ഈ അനുസന്ധാനം ഭഗവാനെ കാണണം കാണണം കാണണം എന്നുള്ള അനുസന്ധാനം കാണാൻ ഒരു ഭാഗ്യം കിട്ടിയല്ലോ ഞാൻ കാണാൻ പോണു ദ്രക്ഷ്യാമി മനോരഥഗണാന് ത്വധാര്യമാണ പോകുന്ന വഴിയൊക്കെ ഇതേ ആസ്വദിച്ചു മനസ്സുകൊണ്ട് ഇങ്ങനെ അനുസന്ധാനം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ ആരെയോ കണ്ടുമുട്ടാൻ പോണു എന്ന് പറയുമ്പോൾ ലൗകികവുമായിട്ട് എത്ര കണ്ട് മനസ്സിന് അനുസന്ധാനം ഉണ്ടാവും അത്രയുമെങ്കിലും അനുസന്ധാനം ഭഗവാനോട് ഏർപ്പെടുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു ദ്രക്ഷ്യാമി വേതശതഗീതഗതി ഭഗവാൻ എന്നെ ആലിംഗനം ചെയ്യോ ഞാൻ ഭഗവാനെ കാണുവോ ഭഗവാൻ എന്നെ അക്രൂരാന്ന് വിളിക്കോ പോകുന്ന വഴിയിലൊക്കെ ഇതാണ് അക്രൂരരുടെ മനോരഥം ദ്രക്ഷ്യാമി ആരെയാ ഞാൻ കാണാൻ പോണു ദ്രക്ഷ്യാമി ഞാൻ കാണാൻ പോകുന്നു നൂറ്റിക്കണക്കിന് വേദവാക്യങ്ങൾ ഏതൊരു പരമപുരുഷനെ ഗാനം ചെയ്തുവോ ആ പരമപുരുഷനെ കാണാൻ പോണു ദ്രക്ഷ്യാമി വേദശതഗീതഗതിമാംസം ഏത് പരമപുരുഷനെ പ്രാപിക്കാനുള്ള ഗതിയെ മാർഗത്തിന് ഉപനിഷത്തുകൾ പറഞ്ഞുവോ ആ പരമപുരുഷനെ ഞാൻ ഇന്ന് നേരിട്ട് കാണാൻ പോണു ദ്രക്ഷ്യാമി വേദശതഗീതഗതിം പുമാംസം പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇങ്ങനെ അക്രൂരർക്ക് ഭാവം ഒരു രാത്രിയിലേ വരണ്ടി വന്നു ചില ഭക്തന്മാര് ജീവിതം മുഴുവൻ കാത്ത് ശിവഭക്തരില് വളരെ പ്രസിദ്ധനായ നന്ദനാർ കുട്ടിക്കാലത്ത് ചിദംബരം എന്ന് കേട്ടതാണ് പരമഭക്തൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലെ ഒരു അമ്പലം പറയനായതുകൊണ്ട് അകത്തു പോവാൻ പറ്റില്ല അമ്പലത്തിന് പുറകെ നിന്ന് മൂർത്തിയെ ഭഗവാനെ നടമിയെ ദർശിക്കണം നിൽക്കുമ്പോൾ വഴിയില് നന്ദികേശ്വരൻ ഇരിക്കുന്നു നന്ദികേശ്വരൻ തടസ്സം നന്ദി സാധാരണ ലിംഗത്തിനെ മറച്ചുകൊണ്ട് ഉണ്ടാവാൻ പാടില്ലേ ഒരു ഇഞ്ച് ചോട്ടിലുണ്ടാവണം എന്നാൽ പുറത്തുനിന്ന് നോക്കിയാൽ ലിംഗം കാണും നന്ദനാർ പുറത്തുനിന്ന് നോക്കി ലിംഗത്തിനെ മറച്ചുകൊണ്ട് നന്ദി കിടക്കണു നന്ദനാർ പാടിയെത്രേ ഭഗവാനെ വഴിയിലൊരു മാട് കിടക്കണു മാറാൻ പറയൂ ആ മാട് നീങ്ങിക്കിടന്നു എന്നാണ് അങ്ങനെയുള്ള ഭക്തൻ നടരാജനെക്കുറിച്ച് ചിദംബരത്തിലെ സഭാപതിയെക്കുറിച്ച് കേട്ട് ജീവിതം മുഴുവൻ ധ്യാനം പോവാൻ പറ്റിയില്ല പാവം അദ്ദേഹം ജോലിക്ക് നിൽക്കുന്ന സ്ഥലത്തെ യജമാനൻ പണിയൊന്നും കഴിയാതെ അയക്കില്ല ഇദ്ദേഹത്തിന് പണി കഴിഞ്ഞിട്ട് പോക്ക് നടക്കൂല ജീവിതം മുഴുവൻ വരണവരോടൊക്കെ ചോദിക്കും നിങ്ങൾ ചിദംബരത്തിന് പോയിട്ടുണ്ടോ ചിദംബരത്തില് ഭഗവാൻ എങ്ങനെയുണ്ട് അവര് പറഞ്ഞു വർണ്ണിച്ച് കേട്ട ആസ്വദിച്ച് ധ്യാനത്തിലിരിക്കും എന്നിട്ട് അവരോട് പറയും നാളെ ഞാൻ പോകും നാളെ ഞാൻ ചിദംബരത്തിലേക്ക് എന്തായാലും പോകുന്നു അടുത്ത ദിവസം പോവാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടാൽ ഈ യജമാനം വിടില്ല പിന്നെയും ആരെങ്കിലും കണ്ട പിന്നെയും ആരോ എല്ലാരോടും ഇതേ ചൊല്ല നാളെ ഞാൻ പോകും ദ്രക്ഷ്യാമി വേദശതഗീതഗതി ഇങ്ങനെ നാളെ പോകും നാളെ പോകും എന്ന് പറഞ്ഞ നാട്ടുകാർ എന്ത് പേര് വെച്ചു അദ്ദേഹത്തിനെ എന്ന് വെച്ചാൽ തിരുനാളെ പോവർ നാളെ പോവർ അദ്ദേഹത്തിന്റെ പേര് നാളെ പോകും നാളെ പോകും എന്ന് പറഞ്ഞ് നാളെ പോവർന്ന് അദ്ദേഹത്തിന് പേരായി ഇങ്ങനെ ജീവിതം മുഴുവൻ നാളെ പോകും നാളെ പോകും നാളെ പോകും എന്ന് പറഞ്ഞ അവസാനം ഒരേ ഒരു പ്രാവശ്യം പോയി അദ്ദേഹത്തിന്റെ നന്ദനാർ ചരിത്രം കീർത്തനങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ ഉരുങ്ങിപ്പോകും ഭഗവാനോട് പാടുകയാണ് എനിക്ക് വരാൻ പറ്റുമോ അവിടെ ഭഗവാനെ എന്തെങ്കിലും വരുക ഞാനങ്ങോട് വരാമോ ഭഗവാനെ ഒരു പുലയനായിട്ട് ജനിച്ചുവല്ലോ എനിക്ക് അങ്ങോട്ട് വന്ന് കാണാൻ പറ്റുമോ പരമാനന്ദ താണ്ടവം കാണാനായിട്ട് എനിക്ക് വരാൻ പറ്റുമോ ജീവിതം മുഴുവൻ ഈ കീർത്തനം അവസാനം ഒരേ ഒരു പ്രാവശ്യ സഭാപതിയെ കാണാൻ പോയി കണ്ടു അവിടെയെ അവസാനിച്ചു ആ സന്നിധിയിലെ കഥ അങ്ങനെ ജീവിതം മുഴുവൻ കാണണം കാണണം എന്ന് കൊതിച്ചിട്ട് പോയാൽ യദ്ഗത്വാന നിവർത്തന്ത അല്ലാട്ട് അല്ലെങ്കിൽ പോയിട്ട് പോയിട്ട് വരാം വിചാരിക്കുമ്പോഴൊക്കെ പോയിട്ട് പോയിട്ട് വരാം ഈ സംസാരത്തിലേ പോയിട്ട് പോയിട്ട് വരണ പോലെ അവിടെയും പോയി പോയി വരണം ഇത് ജീവിതം മുഴുവൻ ദ്രക്ഷ്യാമി ദ്രക്ഷ്യാമി എന്ന് പറഞ്ഞിരുന്നു ഒരേ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞു രണ്ടാമത് പോയില്ല മഹാത്മാക്കളുടെ ദർശനത്തിനൊക്കെ അങ്ങനെ ഒരു വൈഭവം ഭഗവാൻ രമണ മഹർഷി പതിനേഴ് വയസ്സിൽ ാരോടും പറയാതെ വീട്ടിൽ നിന്ന് എഴുത്ത് എഴുതി വെച്ചിട്ട് എന്റെ അച്ഛനെ കാണാൻ എന്ന് പറഞ്ഞു ഓടിപ്പോയി അരുണാചലത്തിലേക്ക് അരുണാചലത്തില് ഭ്രാന്തുപോലെ ഓടി ചെന്ന് ആ പതിനേഴ് വയസ്സുള്ള കുട്ടി ഓടി ചെന്ന് ലിംഗത്തിനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് അമ്പത് ആ അതിനുശേഷം അവിടുന്ന് ഇറങ്ങി വന്ന ആള് അമ്പത്തിനാല് വർഷം ആ തിരുവണ്ണാമലയിൽ തന്നെ ഉണ്ടായിരുന്നു രണ്ടാമതൊരു പ്രാവശ്യം അങ്ങോട്ട് പോയില്ല കാണാനായിട്ട് ഒരിക്കൽ കാണേണ്ട രീതിയിൽ കണ്ടാൽ രണ്ടും ഒന്ന് എന്നാണ് പിന്നെ കാണണമെന്ന് പോലും ഇല്ല അപ്പൊ അത്തരത്തിലൊരു ഭാവബുദ്ധം അപ്പൊ അനുസന്ധാനമാണ് ഭക്തി ഭക്തിയുടെ മുഖ്യമായ അംഗം അനുസന്ധാനം അങ്കി ആത്മനിവേദനം അംഗം അനുസന്ധാനം അങ്കി ആത്മനിവേദനം അംഗത്തിന്റെ ഉപാംഗങ്ങളാണ് ശ്രവണം കീർത്തനം സ്മരണം അർച്ചനം വന്ദനം ദാസ്യം അങ്കി എന്താണ് ആത്മനിവേദനം അർപ്പിക്കുക തന്നെ പരിപൂർണമായി അർപ്പിക്കണത് ആത്മനിവേദനമാണ് ഭക്തിയുടെ ലക്ഷ്യസ്ഥാനം അപ്പൊ ഇവിടെ അക്രൂരോ പോകുന്ന വഴി മുഴുവൻ ഭഗവാനെ കാണും ഭഗവാനെ കാണും ദ്രക്ഷ്യാമി വേദശതഗീതഗതിമാംസം അതുകൊണ്ടാണ് ബോംബെയിലേക്കും കൽക്കട്ടയിലും ഡൽഹിയിലും അമേരിക്കയിലുമൊക്കെ പോകുമ്പോ ഗുരുവായൂരപ്പനോടുള്ള ഭക്തി ഏറി ഏറി ഏറി വരുന്നു ദൂരത്തു പോയി ഗുരുവായൂരപ്പൻ നമുക്കിവിടെ അടുത്തെന്ന് തോന്നുന്നത് കൊണ്ട് പോണം ചിലപ്പോ തോന്നില്ല ഗുരുവായൂരിലേ ഇരിക്കും ചിലപ്പോ പോണം തോന്നില്ല അവിടെ ദൂരത്തു പോകും തോറും യോ ഗുരുവായൂരപ്പനെ വിട്ടുപോയി എന്ന് ഒരു തോന്നൽ വരുന്നു അപ്പൊ ഗുരുവായൂരപ്പനെ അനുസന്ധാനം ഏർപ്പെടുന്നു അനുസന്ധാനം ഏർപ്പെടുന്നു അപ്പൊ ഗുരുവായൂർക്ക് പോയിട്ട് വരണത് വളരെ എളുപ്പം പക്ഷെ പോകുന്ന വഴി മുഴുവൻ ഭഗവാനെ കാണുവല്ലോ എനിക്ക് കാണാൻ കിട്ടുമോ ആ സന്നിധിയിൽ പോയി ഇരിക്കാൻ പറ്റുമോ ദിവസം മുഴുവൻ അനുസന്ധാനം ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പോയി ഇരിക്കാനും ആ ക്ഷേത്രത്തിനെ അങ്ങനെ ഭാവന ചെയ്ത മൂർത്തി പോലും വേണ്ട ആ ദിവ്യക്ഷേത്രത്തിൽ അങ്ങനെ ചുറ്റിയിരിക്കും എവിടെങ്കിലും ഒരു ഓരത്തെ ഇരിക്കും നാമം ചൊല്ലിക്കൊണ്ടിരിക്കും മറ്റുള്ളവർ നാമം ചൊല്ലുന്നത് ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കും ആ സന്നിധിയിൽ അവിടെ എവിടെയായിട്ട് വെറുതെ ഇരുന്ന് സമയം കളഞ്ഞുകൊണ്ടിരിക്കാം അതിനെ അങ്ങനെ അനുസന്ധാനം ചെയ്തുകൊണ്ടിരുന്നാലേയും അതിന്നാണ് അപ്പൊ ഇവിടെ അക്രൂരർക്ക് വൃന്ദാവന ദർശനം ഏർപ്പെടുന്നു വൃന്ദാവനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വൃന്ദാവന ദർശനം വൃന്ദാവനം എങ്ങനെ ഉണ്ടാവും വൃന്ദാവനത്തില് കാറ്റടിക്കുന്നുണ്ടത് കാറ്റിൽ തന്നെ ഭഗവത് ഭക്തി ഉണ്ടാവുമല്ലോ ദ്രക്ഷ്യാമി വേദശതഗീതഗതിമാംസം സ്പ്രക്ഷ്യാമിക്കും ം കൊക്ഷിതംമയേവ മാർഗം പോകുന്ന വഴി മുഴുവൻ ഇങ്ങനെ അനുസന്ധാനം പോകുന്ന വഴി മുഴുവൻ ഗുരുവായൂർക്ക് പോകുന്ന വഴി മുഴുവൻ ഗുരുവായൂരപ്പനെ കാണാനുള്ളതിന്റെ കൊതി ഉള്ളിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അതിനെ കുറിച്ചേ അനുസന്ധാനം അതേ ധ്യാനം ഒരാള് ഗുരുവായൂർക്ക് പോയിട്ട് വന്നു അപ്പൊ ചോദിച്ചു എങ്ങനെ ഗുരുവായൂരപ്പെട്ടു പോകുന്ന വഴിയിലൊക്കെ എന്തു ചെയ്തു പോകുന്ന വഴി നാല് മണിക്കൂർ യാത്ര അതുകൊണ്ട് ഓഫീസ് ഫയൽ കുറെ നോക്കാനുണ്ടായിരുന്നു അതൊക്കെ പോകുന്ന വഴിയിൽ നോക്കി അവിടെ പോകുമ്പോ ഒരു ഒന്നര മണിക്കൂർ ക്യൂവിലും സമയം കിട്ടി അവിടെ വെച്ച് നോക്കിന്നാണ് കുറച്ച് എന്നിട്ട് അവിടെ എത്തിയപ്പോ ഒരു പിടിച്ച ആരോ ഒരു തള്ളുതള്ളി ശരിക്ക് കാണാൻ പോലും പറ്റിയില്ല രണ്ടാമത് പോവാന്ന് വെച്ചാൽ അത്ര തിരക്ക് അമ്പലത്തിൽ അതുകൊണ്ട് ഇനിയൊരിക്കൽ കാണാന്ന് വെച്ചു തള്ളിയത് പറയാരും അല്ല ഗുരുവായൂരൊപ്പം തന്നെ വിളിച്ചു തള്ളിയതാണ് കുറച്ച് അനുസന്ധാനം കഴിഞ്ഞിട്ട് വന്നാ മതി ഇത്തം നിനായ സഭവന്മയമേവ മാർഗം മാർഗമാണ് പ്രധാനമേ മാർഗമാണ് പ്രധാനം ലക്ഷ്യത്തിനെ അറിയണം എന്നിട്ട് മാർഗത്തിൽ രസിക്കണം ഭട്ടതിരി എന്തു പറഞ്ഞു ആമൂലാദേവ ഹൃദയാ എന്ന് പറഞ്ഞു ഭക്തി ആരംഭിക്കുമ്പോഴേ രുചി പതുക്കെ പതുക്കെ പതുക്കെ രുചിച്ചു പോകും മുക്തി ഒന്നും കാര്യമില്ല മുക്തി എല്ലാവർക്കും കിട്ടും എത്ര സുലഭം ഹിരണ്യകശുപൂനും കിട്ടി ഹിരണ്യാക്ഷനും കിട്ടി ശിശുപാലനും കിട്ടി അവർക്കൊക്കെ നമ്മളേക്കാളും ഒക്കെ വേഗത്തിൽ എത്രയോ എളുപ്പത്തിൽ മൂന്നേ മൂന്ന് ജന്മത്തിൽ കിട്ടി സംരംഭസംഭൃത സമാധി അനുബദ്ധ യോഗവും ആണ് വെറുപ്പ് എന്ന് പറയണത് കൊണ്ട് മനസ്സേകാഗ്രഹപ്പെട്ട് സമാധി ഉണ്ടായി മുക്തി നേടിയു കംസനും കിട്ടി ഭയം എന്നുള്ളത് കൊണ്ട് സമാധി ഉണ്ടായി രക്ഷപ്പെട്ടു പക്ഷെ അതാണ് ഇവരെയൊക്കെ ഉദാഹരണമായി വെച്ചുകൊണ്ടാണ് ഋഷഭയോഗീശ്വര ചരിത്രത്തിൽ ഭാഗവതത്തിൽ പറഞ്ഞു മുക്തി ദർഹിചിത്മ നതു ഭക്തിയോഗം മുക്തിയെ കൊടുത്തു കളയും ഭക്തിയെ തെരലിയാണ് അപ്പം മുക്തി തത്വം നിഷ്ഠയുണ്ടെങ്കിലും മുക്തി വരും പക്ഷേ അനുസന്ധാനം ഏർപ്പെടണമല്ലോ അതാണല്ലോ ഭക്തി അനുക്ഷണം അനുപദം ആ വസ്തുവിനെ അനുസന്ധാനം ബ്രഹ്മത്തിൽ മനസ്സ് ചലിച്ചുകൊണ്ടേയിരിക്കണം ബ്രഹ്മത്തിൽ മനസ്സ് ചലിക്കുന്നതിനു പേര് ഭക്തി ബ്രഹ്മത്തിനെ അറിയുന്നത് തത്വജ്ഞാനം ബ്രഹ്മത്തിൽ മനസ്സ് സ്മരിച്ചുകൊണ്ടേയിരിക്കും ആചാര്യസ്വാമികൾ വേദാന്തഗ്രന്ഥമായോ പ്രകരണഗ്രന്ഥമായോ വിവേക ചൂടാമണിയിൽ പറഞ്ഞു മോക്ഷകാരണ സാമഗ്രിയാം ഭക്തിരേവ ഗരീയസി മോക്ഷത്തിനുള്ള മാർഗത്തില് സാമഗ്രികളിൽ ഭക്തി ഏറ്റവും ശ്രേഷ്ഠം പക്ഷെ ഭക്തിയെ വ്യാഖ്യാനിച്ചത് വളരെ വിചിത്രമായി പോയി പലർക്കും അതിലൊരു പരിതാപം എന്താണെന്ന് വെച്ചാൽ ആചാര്യസ്വാമികൾ പറഞ്ഞു സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യവിധീയത്തെ സ്വസ്വരൂപത്തിനെ അനുസന്ധാനം ചെയ്യണതാണ് ഭക്തി അപ്പൊ സ്വസ്വരൂപം എന്ന് വെച്ചാൽ അവിടെ അറിയാത്തത് കൊണ്ടാണ് നമുക്കിത് വിഷമം തോന്നണത് നമുക്ക് ഭക്തി എന്ന് പറഞ്ഞാൽ എവിടെയോ ഇരിക്കുന്ന ഒരു പൊരുളിനെ അനുസന്ധാനം ചെയ്യണത് അനുസന്ധാനം ഏർപ്പെടുമ്പോഴേ തന്നെ സ്വസ്വരൂപമായി കഴിഞ്ഞു എവിടെയുള്ള പൊരുൾ അവിടെ അനുസന്ധാനം എവിടെയാണല്ലോ ഏർപ്പെടണത് അപ്പൊ അനുസന്ധാനം ഏർപ്പെടുമ്പോ തന്നെ സ്വസ്വരൂപമായി കഴിഞ്ഞു സാന്ദ്ര ആനന്ദ അവബോധാത്മകമാണ് ഭഗവാന്റെ സ്വരൂപം എങ്കിൽ അത് സ്വസ്വരൂപാനുസന്ധാനമല്ലേ സ്വസ്വരൂപത്തിനെ ഏത് രൂപം വേണമെങ്കിൽ കൊടുത്ത് ധ്യാനിച്ചോളൂ അത് സ്വസ്വരൂപാനുസന്ധാനം തന്നെയാണ് അപ്പൊ ആത്മാനുസന്ധാനം ആത്മാവിനെ അറിയൽ തത്വജ്ഞാനം ആത്മാവിനെ അനുസന്ധാനം ചെയ്യൽ ഭക്തി ഭഗവാനെ അറിയുന്നത് ഭഗവത് തത്വജ്ഞാനം ഭഗവത് സ്വരൂപാനുഭൂതി ഭക്തി പക്ഷെ ഭാഗവതകാരൻ എന്തു പറഞ്ഞു ഭഗവാനെ അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആരംഭത്തിൽ പറഞ്ഞു ഒരേ ബ്രഹ്മത്തിനെ ഭഗവാനെന്നും പരമാത്മാവെന്നും പേരുമാറ്റി വിളിക്കുന്നു ഭഗവാനെ അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എങ്ങനെ അറിയുമോ അങ്ങനെ ഭജിച്ചു തുടങ്ങാം അങ്ങനെ ഭജിച്ചു തുടങ്ങിയാൽ ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായത്തെ ഭഗവാനോട് രാഗമേർപ്പെടും നമുക്ക് അറിവില്ലാതെ ഭജിച്ചാ മതി അറിഞ്ഞു ഭജിക്കേണ്ട പിന്നെ അറിവ് വന്നോ അറിവിനോട് അസൂയ മാത്രം വെക്കാതിരുന്നാൽ മതിയെ ഞങ്ങൾക്ക് ആ അറിവ് വേണ്ടാം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടുപോകും സർവേശ്വർ ഒന്നും വേണ്ട എന്നും പറയേണ്ട ഒന്നും വേണമെന്നും പറയേണ്ട ഭഗവാൻ തന്നിരിക്കുന്ന വെളിച്ചം കൊണ്ട് മുന്നോട്ട് നടക്കാം നമുക്ക് എത്ര കണ്ട അറിവുണ്ടോ അത്രയും അറിവ് വെച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാം നമ്മളായിട്ട് ഒരിടത്തും ജഡ്ജ് ചെയ്യണ്ട നമ്മളായിട്ട് ഒരിടത്തും ഇത്ര വേണം ഇത്ര വേണ്ട എന്ന് സർവേശ്വരൻ എങ്ങോട്ട് നയിക്കണോ അങ്ങോട്ട് നയിക്കാം അഹങ്കാരമില്ലാത്തതിന്റെ ലക്ഷണം എന്താന്ന് വെച്ചാൽ എങ്ങോട്ട് വഴി കാണിച്ചോ അങ്ങോട്ട് നടക്കും എങ്ങോട്ട് തിരിച്ചുവിട്ടുവോ അങ്ങോട്ട് തിരിക്കും ഏതു വഴിക്ക് പോകണോ പോകും അവിടെ താനായിട്ട് നിന്ന് ഒരു അഹങ്കാരമായി നിന്ന് നിരൂപണം ചെയ്യുകയോ നിശ്ചയിക്കുകയോ ചെയ്യാതിരുന്നാൽ മതി അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അപ്പോ രണ്ടാമത്തെ അധ്യായത്തിലെ ഭാഗവതത്തിൽ പ്രഥമ സ്കന്ധത്തിൽ സൂതമഹാമുനി പറഞ്ഞു അറിയുന്ന രീതിയിൽ കഥകൾ കേൾക്കുക രുചിക്ക ഭക്തി ഉണ്ടായാൽ യഥാർത്ഥ അറിവുണ്ടാവും മുക്തസംഘസ് ഭഗവത് തത്വവിജ്ഞാനം ജായത്തെ ഭഗവത് തത്വവിജ്ഞാനം ഉണ്ടായാൽ എന്താണ് ആദ്യം അനുസന്ധാനം പിന്നെ തത്വവിജ്ഞാനം എന്നാണ് അവിടെ പറഞ്ഞത് ആദ്യം അനുസന്ധാനം അതിന് ഉദാഹരണമേ ഗോപസ്ത്രീകളൊക്കെ ഉദാഹരണം ഗോപസ്ത്രീകൾക്ക് ആദ്യം തത്വവിജ്ഞാനമല്ല ഉണ്ടായതാണ് അനുസന്ധാനം അനുസന്ധാനം എങ്ങനെ ഉണ്ടായി കാമം കൊണ്ടുണ്ടായി കാമം കൊണ്ട് അനുസന്ധാനം ഉണ്ടായി ഭഗവാനോട് ജാരാത്മന നതു പരമാത്മതയാ സ്മരന്യഹ അങ്ങനെ ജാരാത്മന അനുസന്ധാനം ഏർപ്പെട്ടിട്ട് കുറച്ചങ്ങട് കഴിഞ്ഞപ്പോ അവർക്ക് നഖലു ഗോപികാനന്ദനോഭവൻ അഖിലദേഹിനാം അന്തരാത്മദൃക് എന്ന് ബോധിച്ചു എന്ന് ബോധിപ്പിച്ചു ഭഗവാൻ അപ്പോ അനുസന്ധാനം ഏർപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനം ഭഗവാനിൽ ഭഗവാനിൽ അനുസന്ധാനം ഏർപ്പെട്ടാലേ മനസ്സ് ലോകത്തിന് പോവാതിരിക്കുള്ളൂ അല്ലാതെ ലോകത്തുനിന്ന് മനസ്സിനെ വെറുതെ ജഡമായി പിടിച്ചു വലിച്ചിട്ട് കാര്യമില്ല അത് അശാസ്ത്രീയം എന്ത് ചെയ്യും പിടിച്ചു വലിച്ചിട്ട് ഡൂസ് ആൻഡ് ഡോൺസ് കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല വിധി നിഷേധം പറഞ്ഞിട്ട് എന്ത് കാര്യം അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യണം അങ്ങനെ പാടില്ല ഇങ്ങനെ വേണം എന്ന് എല്ലാ ആർക്കും അറിയാത്തത് എല്ലാവർക്കും അറിയാം എന്നിട്ടും എല്ലാവരെയും ചെയ്യണം അപ്പോ പ്രിയം വെക്കാൻ അലൗകികമായ ഒരു വസ്തുവിനെ കണ്ടാൽ ലൗകിക വസ്തുക്കളെ തനിയെ വിട്ടുപോകും അതാണ് ഗോപികകളും പറഞ്ഞത് ഇതരരാഗവിസ്മാരണം ഇതരരാഗവിസ്മാരണം ഇതരരാഗം പോയി പൂക്കിട്ട് ഭഗവാനോട് രാഗം ഏർപ്പെടുമ്പോ തനിയ ലോകവിഷയത്തോട് വിരാഗം അപ്പൊ അങ്ങനെയൊരു വിരാഗമേർപ്പെട്ടു ഇവിടെ അക്രൂരർക്ക് അങ്ങനെ ഒരു അനുസന്ധാനം ഏർപ്പെട്ടു രാഗമേർപ്പെട്ടു ഭഗവാനോട് ഭഗവാൻ എന്നെ കുറിച്ച് എന്തു പറയും ഭഗവാൻ എന്നോട് വർത്തമാനം പറയോ ഭഗവാനെ ഞാൻ സ്പർശിക്കുവോ ഭൂയക്രമാവദിപൂതം വൃന്ദാപനം ഹരവിരിഞ്ചസുരാഭിപന്യം ആനന്ദമഗ്ന ഇവ ലമോഹേം ദശാന്പന പങ്കജാക്ഷ ഭൂയക്രമാ അഭിവിശന് വൃന്ദാവുരാഭിവ്യം ദേവതകൾക്കൊക്കെ വന്ധ്യമായിട്ടുള്ള വൃന്ദാവനശ വൃന്ദാവന പ്രദേശത്തിലേക്ക് പ്രവേശിച്ചു അക്രൂരർ വൃന്ദാവനത്തിലെ മണ്ണ് കണ്ടു കാറ്റുമേ സ്പ്പർശിച്ചതോടുകൂടെ ആനന്ദമഗ്ന ഇവ ലമോഹേ ആനന്ദമഗ്നനായതുപോലെ ആ വൃന്ദാവനം കണ്ട പദനി തലലോകപാൽ കിരീട ജുഷ്ടമല പാദരെണോ ദദർശോഷ്ടേക്ഷിതി കൗതുകാ വിലക്ഷിതർശനാഹ്ലാദവിവൃദ്ധസംഭ്രമ േം ഊർദ്ധ റോമാ അശ്രുകലാകുലക്ഷണ രഥാസ്കന്ധ്യ സത്തെ ചേട്ട പ്രഭോ അമൂനി അഘ്രിരജാസി അഹോയി പ്രഭോ അമൂനി അഘ്രിരജാസി അഹോയി രഥത്തിന് ഇറങ്ങി ആ മണ്ണില് കിടന്നൊന്ന് പെരണ്ടോന്നാണ് ആ മണ്ണില് കടന്നുരുണ്ടു പ്രഭോ അമൂനി അഘ്രിരജംസി അഹോതി ഇത് പ്രഭുവിന്റെ പാദസ്പർശമേറ്റ മണ്ണലേന പ്രഭോ അമൂനി അഘ്രിരജംസി അഹോ ഇതി പശ്യവന്ദിഹൃതി സ്ഥലനി പാംസുഷേറ്റവരണാങ്കിതേഷു ബ്രൂമഹേ ബഹുജനഹി ഇത്തരത്തിലുള്ള ഭക്തി ഉള്ളവര് ഭക്തി കൊണ്ട് ഹൃദയം ദ്രവിച്ചവര് വളരെ വിരളമായിട്ടേ ലോകത്തിലുള്ളൂ ഭക്തി യഥാർത്ഥത്തിൽ വളരെ വളരെ വിരളം യഥാർത്ഥ ഭക്തി അക്രൂരർ ആ മണ്ണില് കിടന്ന് ഉരുണ്ടു ദൂരത്ത് നിന്ന് ഭഗവാൻ വരുന്നത് കണ്ടു ർശപശുദോഹ വിലോകോലം ഭക്തോത്തമാഗതിപാലം ഭൂമൻ ബ്രഹ്മാനുഭവത്തിന്റെ സമുദ്രം നിറഞ്ഞു തുളുമ്പുന്ന പോലെ ഭഗവാൻ മുമ്പിൽ നിൽക്കുന്നത് അക്രൂരര് കണ്ടു സാർണവം ബ്രഹ്മാനുഭവ രസാർണവം പോലെയുള്ള കണ്ണനെ ഗുരുവായൂരപ്പനെ അക്രൂരരു മുമ്പിൽ കണ്ടു മുമ്പിൽ ചെന്ന് ഓടിച്ചെന്ന് വീണു നമസ്കരിച്ചു സായന്തനാപ്ലവ വിശേഷ വിവിക്തഗാത്രൗ ദ്വൗ പീതീല രുചിരംബരലോഭനീയ നാതിപ്രപഞ്ചദൂഷണചാരുവേഷൗ മന്ദസ്മിതാദ്രവദനൗ സുവാം ദദർശ ദൂരാത് രഥാ സമവരുഹ്യ നമന്തം ഉത്തപ്യ ഭകുലമൌലിമോപഗൂഹൻ ഹർഷാൻവിതക്ഷരഗിരാ കുശലാണുയോഗി പാണിം പ്രഗൃഹ്യ സബലോഥാ അക്രൂരരെ ഭഗവാൻ ഗൃഹത്തിലേക്ക് വിളിച്ചോണ്ടുപോയി ആതിഥ്യ സത്കാരമൊക്കെ കഴിഞ്ഞു എങ്ങനെ കുശലമാണോ എന്ന് ചോദിച്ചു കംസൻ ഭരിക്കുന്ന രാജ്യത്തിൽ എന്തു കുശലം പറയാനാ രാത്രി മുഴുവൻ ഈ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു ഭഗവാനെ വിളിക്കാൻ വന്നതും ഒക്കെ വന്നതും ഭഗവാനെ വിളിക്കാൻ വന്നതും വളരെ ചുരുക്കി പറഞ്ഞു ഭട്ടത്തിൽ ഗോപസ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ് കൃഷ്ണനെ കാണാതെ ചോദിക്കുക എവിടെ പോയിവൻ ചന്ദ്രാഗൃമുത ചന്ദ്രഭഗാഗൃഹേനൂ രാധാ ഗൃഹേണുഭവനേ കിമു മൈത്രവിന്ദേ ദൂർത്തോ വിളംബതാരുചങ്കിതോ നിശിമരുത് പുരനാഥപായ ഗോപസ്ത്രീകൾ ഈ വാർത്തയറിഞ്ഞ് കുറെ അങ്ങോട്ട് ദുഃഖിച്ചു അവര് ബ്രഹ്മാവിനെ പഴിച്ചു അക്രൂരരെ പഴിച്ചു കൃഷ്ണനെയും പഴിച്ചു ബ്രഹ്മാവ് ഞങ്ങളുടെ ജീവിതവുമായിട്ട് കളിക്കുകയാണ് കണ്ണനെ ഇങ്ങനെ ഞങ്ങളോട് യോജിപ്പിച്ച് പിരിച്ചു കൊണ്ടുപോണുവല്ലോ അഹോ തവന ക്വചി ദയാ അർഭകചേഷ്ടിതം കളിക്കണ പോലെയാണ് അങ്ങകള് അങ്ങ് കളിക്കണത് മണ്ണുകൊണ്ട് വീട് കെട്ടി കുറച്ചുനേരം കളിച്ചിട്ടൊക്കെ തട്ടി ചുവട്ടിൽ ഇട്ടിട്ട് പോകും അതേപോലെ ഈ അക്രൂരൻ ആര് അക്രൂരൻ പേര് വെച്ചു മഹാക്രൂരൻ ഞങ്ങളെ ഞങ്ങളുടെ കണ്ണനെ ഇവിടെ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകുവാണല്ലോ ഇങ്ങനെ കുറെ ദുഃഖിച്ചു അവര് ഭഗവാൻ അവരെയൊക്കെ സമാധാനിപ്പിച്ച അക്രൂരരുടെ കൂടെ പുറപ്പെട്ടു ഗോപസ്ത്രീകൾ പറഞ്ഞു ഞങ്ങളെ എങ്ങനെ വിട്ടിട്ടു പോകുന്നുവല്ലോ കരുണാനധിരേഷ നന്ദസൂനു കഥമസ്മാൻ വിസൃജേത് അനന്യനാഥാ ബത നൈവമേമാസീതിലേപു കരുണാനിധിരേഷ നന്ദസൂനു ഇ നന്ദസൂനു ിധി ക്ഷണഭംഗ സൗഹൃദ ക്ഷണഭംഗ സൗഹൃദനെ പോലെ ഇവൻ പോകുന്നു പക്ഷെ വാസ്തവത്തിൽ ഇവനോടുള്ള സൗഹൃദം ഒരിക്കലും വിഛിത്തിയില്ല എപ്പോഴും യോജിച്ചിരിക്കുന്നവൻ നന്ദസൂനു കരുണാനിധിരേഷ നന്ദസൂനുഹു അനന്യനാഥകളായ നമ്മളെ വിട്ടിട്ട് ഭഗവാൻ അങ്ങനെ പോവോ ഇവര് ഇവരെ ഭഗവാൻ ഒന്ന് സമാധാനിപ്പിച്ച് അക്രൂരരുടെ കൂടെ പുറപ്പെട്ടു പോകുന്ന വഴിയിൽ അക്രൂരര് യമുനാതീരത്തില് രഥം നിർത്തി യമുനയിലൊന്ന് കുളിക്കാനായിട്ട് ഇറങ്ങി സന്ധ്യാവന്തനാദികളൊക്കെ ആയിട്ടൊന്ന് മുങ്ങിയപ്പോ നദീജലത്തിന്റെ ഉള്ളിൽ ബലരാമനെയും കൃഷ്ണനെയും ദർശിച്ചു ഇവരെ രഥത്തിലിരുത്തിയിട്ടാണല്ലോ വന്നത് തല ഉയർത്തി നോക്കുമ്പോൾ വീണ്ടും രഥത്തിലുണ്ട് വീണ്ടും ഒന്നുകൂടെ മുങ്ങി പുനരേഷനിമജ്യശാലി ഒരിക്കൽ ദർശനം കിട്ടിയാൽ പലപ്പോഴും രണ്ടാമതും കിട്ടില്ല അതാണ് രണ്ടാമതും കിട്ടിയപ്പോ പുണ്യശാലി പുനരേശനിമജ്യ പുണ്യശാലി പുരുഷം ത്വാം പരമം ഭുജംഗഭോഗ അരിക്കം ൗഗപരീതം ആലുലോകെ സിദ്ധഗണങ്ങളും ദേവതകളാലും പരിവൃതനായിട്ട് ആദിശേഷനിൽ ശയിക്കുന്ന പ്രഭുവിനെ അവിടെ കണ്ടു അനന്തശായിയായിട്ടുള്ള നിജബോധരൂപനെ അവിടെ കണ്ടു സദദാ പരമാത്മ സൗഖ്യ സിന്ധോ പ്രണുവൻ പ്രകാരഭേദ അവിലോക്യ പുനശഹർഷസിന്ധൗ അനുവളകൃതോയോ പുളകമുണ്ടായി ശരീരത്തിൽ ഗദ്ഗതമുണ്ടായി ഹൃദയത്തില് ആനന്ദഭാവാപേശം ഉണ്ടായി യമുനയിൽ നിന്ന് കരക്കി കയറി വീണു നമസ്കരിച്ചു കിമുശീതളിമാഹാഞ്ജലേയത് പുളകോ സാവിധി ചോദിതേനേന അതിഹർഷനിരുത്തരേണ സാർദ്ദം രഥവാസി പവനേശപാഹിമം ത്വം ഇത് ഭാഗവതത്തിലില്ല അത് ഭട്ടതിരിയുടെ കൽപ്പന കരക്കി കയറിയിരുന്ന അക്രൂരന് ശരീരത്തിൽ രോമാഞ്ചമുണ്ടായി രോമം പൊന്തി നിക്കുന്നു പുഴകമുണ്ടായതിന്റെ എല്ലാ ലക്ഷണങ്ങളും ശരീരത്തിൽ അംഗങ്ങളിൽ കാണുന്നു കൃഷ്ണൻ അക്രൂരരെ തൊട്ടുനോക്കി അമ്മാവൻ എന്താ ശരീരവും ഒക്കെ കോരിത്തെച്ചിരിക്കണ നല്ല തണുപ്പുണ്ടല്ലേ വെള്ളം ആലം കിമുശീത പുളഗോസാവിധി മോഹിതേ ചോദിതേന തേന ഒന്നും പറയാൻ കഴിയാതെ പരമാനന്ദം കൊണ്ട് അതിഹർഷനിരുത്തരേണ സാർദ്ധം രഥവാസി പവനേശാഹിവാം ത്വം രഥവാസിയായി ഭഗവാൻ ഗുരുവായൂരപ്പൻ രഥവാസിയായ ഗുരുവായൂരപ്പൻ നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് അങ്ങനെ മഥുരാപുരിയിലേക്ക് പ്രവേശിച്ചു സമ്പ്രാപ്തോ മഥുരാം ദിനർദ്ദ വിഗമേ തത്ര ആരാമേ വിഹിതശന സഖിജനൈ യാദപുരീം ഈക്ഷിത്തും ോ രാജപതം ചിരശ്രുതി ധൃതവ്യലോക കൗതൂഹല സ്ത്രീ പുംസോദ്യത ഗണ്ണ്യ പുണ്യനിഗണൈ ആകൃഷ്യമാണോ നുക്ക് ത്യതി വത്സ രാഗസുഭാ ന്മൂർത്തിവദ്യോഷിത സമ്പാത വിലസ പയോധര രുജോ ലോലാ ദൃഷ്ടിവത് ൃഷ്ടിവത് ഹരിതരസ്ഥലീവേ മന്ദസ്മിതൗ നൈർമല്യോ രാജത്കലാശ്രിത അവിടെ മഥുരാപുരിയിൽ പ്രവേശിച്ചു മധുരാപുരിയിലെ ജനങ്ങളും മുഴുവൻ പുറകെ കൂടി കൃഷ്ണന്റെ പുറകെ കൂടി ഭഗവാന്റെ ആ ശോഭ കണ്ട് ആകൃഷ്ടരായി എല്ലാവരും പുറകെ കൂടി ഭഗവാന്റെ മുമ്പില് ഒരു പുഷ്പത്തിലുള്ള മധു കുടിക്കാനായിട്ട് വണ്ടുകൾ വരുന്ന പോലെ എല്ലാവരും വന്ന് പുറകെ കൂടി അക്രൂരർ പറഞ്ഞു ഭഗവാന് എന്റെ ഗൃഹത്തിൽ അങ്ങ് ആദ്യമായിട്ടൊന്ന് വരണം ഭഗവാൻ പറഞ്ഞു ഇപ്പൊ വരാനുള്ള സമയമായിട്ടില്ലേ ആ സമയമാവുമ്പോ ഞാൻ വരാം അക്രൂരരെ പറഞ്ഞയച്ച് ഞങ്ങള് പട്ടണമൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം പുറകെ കാളവണ്ടികളിലായിട്ട് ഗോപാലന്മാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാരും കൂടെ മധുരാപുരിയിൽ അങ്ങനെ ചുറ്റി നടന്നു അങ്ങനെ മധുരാപുരിയിൽ ചുറ്റി നടക്കുമ്പോ ഒരു വലിയ തുണിക്കട പട്ടുവസ്ത്രങ്ങളൊക്കെ നിറമിട്ട് നിറപ്പകിട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തുണിക്കട അവിടെ ചെന്ന് കൃഷ്ണൻ ചോദിച്ചു ഞങ്ങളൊക്കെ ഇത് കംസൻ അമ്മാവും പറഞ്ഞേച്ചിട്ട് വന്നതാ ധനുര്യാഗത്തിനായി ഞങ്ങൾക്ക് പട്ടുവസ്ത്രം തരുവോന്ന് ചോദിച്ചു താസാമയൻ അപങ്കവലൈമോദം പ്രഹർഷാദ്ഭുതേഷു ജനേഷു തത്ര രജകം കഞ്ചിത് പഠീം പ്രാർത്ഥയ ഒരു രജകനോട് നല്ല വസ്ത്രം പട്ടുവസ്ത്രം ചോദിച്ചു രാജകീയ വസനം ആഹ എടയന്മാർക്ക് പട്ടുവസ്ത്രോ നിങ്ങൾക്ക് ആര് പട്ടുവസ്ത്രം തരും പോ പോ എന്ന് പറഞ്ഞു അത്രേതി തേനോദിതാം സദ്യസ്ത കരേണ ശീർഷം ശീർഷമഹൃതാഹാം അപ്പൊ തന്നെ റീഫോർമേഷൻ ഇവിടുന്നേ തുടങ്ങണം ഹംസനെ കൊന്നിട്ട് പോരാ ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം ചെറിയ ചെറിയ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് തുടങ്ങണം എന്നിട്ടാവാൻ നമുക്ക് പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ഒക്കെ അപ്പൊ ഇവനെ ആദ്യം വധിച്ചു ഭഗവാൻ നല്ല പട്ടുവസ്ത്രമെടുത്തു ഒരു മാലാക ഒരു തുന്നൽക്കാരൻ നല്ല ഒരു പട്ടുവസ്ത്രം അത് ശരിക്ക് ഒടുക്കാവുന്ന രീതിയിൽ തുന്നിക്കൊടുത്തു അത് തുന്നിക്കൊടുത്തിട്ട് ഭഗവാൻ അവിടുന്ന് അങ്ങനെ നടന്നു ആ മധുരാപുരിയിൽ സുധാമെന്നൊരു മാലാകാരൻ ഈ ഭക്തന്മാർക്കൊക്കെ എന്താണോ സുധാമ മൂന്ന് സുധാമ വരുന്നു ശ്രീധാമ സുധാമ എന്ന് രണ്ട് കൂട്ടുകാര് വൃന്ദാവനത്തിലെ ഉണ്ട് ഭഗവാന് അതുകൂടാതെ കുചേരന്റെ പേര് സുധാമ ഇവിടെ മഥുരാപുരിയിൽ വന്നപ്പോ ആരുമറിയാതെ മാലയുണ്ടാക്കി ഭഗവാനെ ഒരു മൂർത്തി വെച്ച് ആരാധിച്ച ആ മൂർത്തിക്ക് മാല ചാർത്തി അമ്പലത്തിലേക്ക് മാല ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഒരു മാലാകാരൻ ആ മാലാകാരൻ കൃഷ്ണനെ തെരഞ്ഞുകൊണ്ടു വന്നില്ല ഭക്തന്മാർക്ക് നല്ല ഗ്രേഡ് ഉണ്ട് ഭക്തന്മാർ ഭഗവാനെ തെരഞ്ഞു പോവില്ല ശരിയായ ഭക്തന്മാരെ ഭഗവാൻ തെരഞ്ഞു പോയിക്കൊള്ളണം ഭക്തി അല്പം കുറയുമ്പോഴാണ് എവിടെ എവിടെയെന്ന് തെരഞ്ഞു പോവുക ഭക്തി നല്ലവണ്ണം കൂടിയാൽ ഭഗവാൻ തെരഞ്ഞു പോകും ഈ മാലാകാരൻ ഭഗവാനെ തെരഞ്ഞു പോയില്ല ഭഗവാൻ അവന്റെ ഗൃഹത്തിലേക്ക് കയറി കൃഷ്ണനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ മാലാകാരന്റെ ഗൃഹത്തിലേക്ക് കണ്ണൻ കയറി അയാൾ സംഭ്രമമായി പരമഭക്തി കൊണ്ട് കണ്ണീര് വിട്ടു ഗദ്ഗതമുണ്ടായി കാല് കഴുകി ഭഗവാനെ ഇരുത്തി സുന്ദരമായ മാല മൂർത്തിയുടെ കഴുത്തിൽ അണിയിച്ചു ഭഗവാനും കാരുണ്യം നിറഞ്ഞു തുളുമ്പുന്ന മുഖത്തോടുകൂടെ ഈ സുധാമാവനോട് ചോദിച്ചു അങ്ങക്കെന്ത് വേണം പറയൂ എന്താ വരം വേണ്ടത് അരകൊറകളാണ് വരം ചോദിക്കരുടെ വാസനക്കനുസരിച്ച് വര വരം ചോദിക്കും ഇനി വരാൻ പോണ സൈരന്ധ്ര ഉണ്ടല്ലോ അവൾ വരം ചോദിച്ചു സുഖാചാര്യരെ ചീർത്ത പറഞ്ഞു കൂമനീഷി ദുഷ്ടബുദ്ധി അവൾ അങ്ങനെ ഒരു വരം ചോദിച്ചു പക്ഷെ ഇവിടെ ഈ മാലാകാരൻ ചോദി ഒരു വരവും ചോദിച്ചില്ല പക്ഷെ ഭഗവാൻ നിർബന്ധിച്ച പറഞ്ഞു സോപി വവരെ അച്ചലാം ഭക്തി തസ്മിന്നേവ അഖിലാത്മനി സകല ശരീരത്തിലും ആത്മാവായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഒരു ക്ഷണനേരം മറക്കാതിരിക്കാനുള്ള ഭക്തി തരൂ തദ് ഭക്തേഷുച സൗഹാർദ്ദം സർവഭക്തന്മാരോടും സൗഹാർദ്ദം തരൂ ഭൂതജാലങ്ങളിലൊക്കെ ആത്മസ്വരൂപിയായി ഭഗവാനുണ്ടെന്ന് അറിഞ്ഞ് ദയചെയ്യാനുള്ള ഭാവം തരൂ എന്ന് പ്രാർത്ഥിച്ചു ഭഗവാൻ അവനെ ആശീർവദിച്ചു എന്നിട്ടാണ് അവിടുന്ന് പുറപ്പെട്ടത് അപ്പൊ ഇതാ സൈരന്ധ്രി വരുന്നു ത്രിവക്ര ത്രിവക്ര വരുന്നു മാലാഭി സ്തപഗൈ സ്തബൈരഭി പുനഃമാലാകൃതമാനിതോ മാലാകൃതൻ എങ്ങനെ മാനിച്ചു ഭഗവാനെന്ന് വച്ച മാലാഭി സ്തബഗൈ മുട്ടുകൾ കൊണ്ടുള്ള മാല കൊണ്ടും അതുപോലെ സ്തവൈ ഭഗവാൻ സ്തുതി കൊണ്ടും മാലാകൃത ഭക്തി വൃദാ ദിദേശിത പരാീം ചിലീപത്തെ ഭക്തിയെ അവൻ അനുഗ്രഹം ചെയ്തു കൊടുത്തു കുജ വിലോചന പഥി പുനഃ ദൃഷ്ടേ തയാ ദുലംഗരാഗമദ താമഹൃ ചിത്തസ്ഥും ഈ സൈരന്ധ്രി ഭഗവാന്റെ മുമ്പിൽ വന്നു ഭഗവാൻ ഹേ സുന്ദരി എന്ന് വിളിച്ചു അവളെ അവളെ ഇതുവരെ ആരും സുന്ദരി എന്ന് വിളിച്ചിട്ടില്ല എന്താന്ന് വെച്ചാൽ ശരീരത്തിൽ മൂന്ന് വളവ് എല്ലാരും അവളുടെ പേര് തന്നെ മറന്നുപോയിട്ട് ത്രിവക്ര എന്ന് പേര് വിളിച്ചു അത്രേ രാമായണത്തിലും ഒരു വക്രയുണ്ട് കൃഷ്ണായനത്തിലും ഒരു വക്രയുണ്ട് രാമായണത്തിലെ വക്ര തനീവക്ര ഇവിടെ അത്ര കണ്ട് വക്രത ഇല്ല കൃഷ്ണായനത്തില് അപ്പൊ ഈ ത്രിവക്ര കണ്ട് ഭഗവാൻ അവളെ കണ്ട് സുന്ദരിന്ന് വിളിച്ചു അവളോട് ഭഗവാൻ ചോദിച്ചു ഈ പെട്ടിയും കൊണ്ട് എവിടേക്കാണ് പോണത് കയ്യിലൊരു തങ്കപ്പെട്ടിയുണ്ട് സ്വാമി ഈ പെട്ടിയിൽ മുഴുവൻ ചന്ദനം മറ്റു സുഗന്ധദ്രവ്യങ്ങൾ ഒക്കെയാണ് ഇതൊക്കെ കംസന് പുരട്ടി കൊടുക്കാൻ പൂശിക്കൊടുക്കാനായിട്ടുള്ളതാണ് ഞാൻ കംസന്റെ കംസനെ അലങ്കാരം ചെയ്യുന്ന ജോലിയാണ് എനിക്കുള്ളത് രാവിലെ എണീറ്റാൽ കംസന് ഒരു സമയമാവുമ്പോ കൃത്യമായിട്ട് പോയി തലയൊക്കെ മിനിക്ക് കൊടുത്ത് സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശിക്കൊടുത്ത് കുളിക്കില്ലേ നേരാന് നേരത്തിന് അപ്പൊ നാറും അപ്പൊ ഇതൊക്കെ കൊണ്ടുപോയി പൂശിക്കൊടുക്കണം ഇതൊക്കെ പൂശിക്കൊടുത്താൽ അതും ചേർന്ന് നാറും അപ്പൊ അവൾ പറഞ്ഞു ഭഗവാനെ ഇതൊക്കെ അവിടത്തേക്കുള്ളതാണെന്നു വന്ന് കൃഷ്ണനെ നിർത്തി അലങ്കരിച്ചു വിട്ടു ഭഗവാനോ ഋജ്വീം കർത്തും മനശ്ചക്ര അവൾക്ക് കുറച്ച് കുടിലത മനസ്സിലുമുണ്ട് നല്ലവണ്ണം കുടിലത ശരീരത്തിലുമുണ്ട് അപ്പൊ ആ കുടിലത നീക്കാനായിട്ട് ഭഗവാൻ ചിത്തസ്ഥാ ഋജുതാം അഥപ്രതയിത്തും ചിത്തത്തിലും അല്പം ഒരു കുടിലതയുണ്ട് അത് ഋജുവാക്കണം ശരീരത്തിലുള്ള കുടിലതയും ഋജുവാക്കണം ആ കൈ കൊണ്ട് അങ്ങനെ പിടിച്ചുയർത്തി ഇവിടെ കുറച്ച് ശുഖാചാര്യർ കുമനീഷി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വ്യാഖ്യാനിച്ചത് അങ്ങനെ അവളെ ഭഗവാൻ പിടിച്ചുയർത്തി അവളുടെ വക്രത പോയി ഋജുതാം പ്രാപ ഋജുവായിട്ട് തീർന്നു സുന്ദരിയായിട്ട് തീർന്നു അവളെ അനുഗ്രഹിച്ച് അവിടുന്ന് കുറച്ച് മുന്നോട്ടു പോയി അവിടെതാ ധനുഗൃഹം ധനുര്യാഗത്തിന് വേണ്ടിയുള്ള വില്ല് വെച്ചിരിക്കുന്ന സ്ഥലം ആളുകളൊക്കെ ദൂരത്തുനിന്നേ കാണാൻ പാടുള്ളൂ അടുത്തൊന്നും പോകാൻ പാടില്ല ഭഗവാൻ നേരെ ചെന്നു രാമായണത്തില് വില്ല് അടയ്ക്കണ പോലെയല്ല രാമായണത്തിൽ രാമന്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ധനുർഭംഗം രാമായണത്തിൽ ഭഗവാൻ ില്ലിനെ നോക്കണേയില്ല ചോദിക്കണമില്ല വിശ്വാമിത്രൻ പറഞ്ഞു വില്ല് കൊണ്ടുവരു ബില്ല് കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചു അപ്പോഴും രാമൻ വില്ലിലേക്ക് നോക്കണില്ല നോക്കിയാൽ നാലു പേര് എന്ത് വിചാരിക്കും അതാണ് രാമൻ എന്താന്ന് വെച്ചാൽ ഈ വില്ല് ഉടച്ചാൽ സീതയെ കല്യാണം കഴിക്കണം ഒരു പെണ്ണിന് പണം അതുകൊണ്ട് നോക്കില്ല അത്ര വില്ലിലേക്ക് അപ്പൊ വില്ല് നോക്കണില്ല എന്നാണ് വിശ്വാമിത്രൻ പറഞ്ഞു പശ്യേ രാമ ആ കാണൂ നോക്കൂ എന്ന് പറയുമ്പോഴാണ് ഭഗവാൻ നോക്കണത് എന്നിട്ട് കണ്ടപ്പോ ഒന്ന് തൊടട്ടെ സംസ്പൃശാമീഹാണിനാ ഞാനൊന്ന് തൊട്ടോട്ടെ ഒന്ന് എടുത്തോട്ടെ ഞാൻ കെട്ടിക്കോട്ടെ ഓരോന്നിനും ചോദ്യമാണ് വിശ്വാമിത്രം എന്നിട്ടാണ് വില്ല് ഞാൻ കെട്ടണത് അതോ ശൈവധനുസ് ഇവിടെ ഭഗവാൻ നേരെ വന്നു ഈ വില്ല് എടുത്തു പൊട്ടിച്ചു വരുന്നവരെയൊക്കെ ആക്രമിച്ചു ഓടിച്ചു ഈ ധനുർഭംഗം ഏർപ്പെട്ടതോടുകൂടെ കംസൻ ഇരിക്കപ്പെല്ലാതായി ഉറക്കമില്ല അല്ലെങ്കിൽ രാത്രി ഉറക്കമില്ല സദാ ദർശനം ഇപ്പൊ ഭയന്നിട്ട് കണ്ണാടിയിൽ ചെന്ന് നോക്കിയാൽ കണ്ണാടിയിൽ തല കാണാനില്ല എന്നാണ് രാത്രി അറിയാതെ എവിടെയെങ്കിലുമൊക്കെ ഉറങ്ങിപ്പോയാ പ്രേതം വന്ന് ആലിംഗനം ചെയ്യണു അത്ര സ്വപ്നത്തിന് ഇങ്ങനെയൊക്കെ വിഭ്രാന്തികൾ ഉണ്ടാവണു കംസന് കംസൻ പറഞ്ഞു ഈ കുട്ടികളെ അകത്തേക്ക് അയക്കരുത് ഈ വസുദേവരുടെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനെ അകത്തേക്ക് അയക്കരുത് രംഗദ്വാരത്തിൽ കൂലയാപീഠം എന്ന ആനയെ നിർത്ത എന്ന് പറഞ്ഞു ശിഷ്ടൈർദുഷ്ടജനൈശ്ച ദൃഷ്ടമഹിമാീത്യാ ഭിത്യാ തതാ സമ്പിൻ പുരസമ്പദം പ്രവിചരൻ സായം ഗതോ വാട്ടിക്കാ ശ്രീധാം സഹരാധികാവിരഹജം ഖേദം വതൻ പ്രസ്വപൻ ആനന്ദൻ അവതാര സംരക്ഷമാ ഭട്ടതിരിയുടെ ഭാവന നഗരസന്ദർശനമൊക്കെ കഴിഞ്ഞ് നാളെ രംഗത്തിലേക്ക് പ്രവേശിക്കണം അപ്പൊ അന്ന് വൈകുന്നേരം മധുരാപുരിയിൽ ഒരു വാടികയിൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞു അത്രേ ഭഗവാൻ ഇത് ഭാഗവതത്തിലൊന്നും ഈ സന്ദർഭമില്ല അപ്പൊ നടക്കുമ്പോ ഗുരുവായൂരപ്പൻ അങ്ങനെ അങ്ങോട്ട് ഈ ഗോപസ്ത്രീകളെ മുഴുവൻ വിട്ടിട്ടുപോയി തിരിഞ്ഞേ നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഭട്ടതിരിക്കൊന്ന് സഹിക്കാൻ വയ്യ അപ്പൊ അദ്ദേഹം കൊണ്ട് തോഴിച്ചതാ അത് അപ്പൊ ഈ ഗോപസ്ത്രീകളെ വിട്ടിട്ട് പോയ ഗുരുവായൂരപ്പൻ അവിടെ ചെന്നപ്പോ പൂന്തോട്ടത്തിൽ ഇങ്ങനെ ശ്രീരാമാവിനെയും കൂട്ടിക്കൊണ്ട് നടക്കാണ് അവരെയും കൊണ്ടിങ്ങനെ കൂട്ടിക്കൊണ്ട് നടക്കുമ്പോ വൈകുന്നേര സമയത്ത് ഉദ്യാനത്തിൽ വെച്ചിട്ട് ചങ്ങാതിയായ ശ്രീരാമന ശ്രീരാമാവിനോട് രാധികയെ പിരിഞ്ഞുള്ള ഖേദത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അത്രെ രാധികയെ ഖേദം എന്തായാലും അവതാരകാര്യം നിർവഹിക്കാൻ വേണ്ടി ഈ വൈരാ ഇത് ഈ വിരഹത്തിനെ സഹിച്ചോളണം എന്ന് വെച്ചു എന്നാണ് ശ്രീധംനാ സഹരാധികരഹജം ഖേദം വതൻ പ്രസ്വപൻ എന്നിട്ട് കിടന്നുറങ്ങി അവസാനം വിരഹത്തോടെ കിടന്നു അത്ര ഗുരുവായൂരപ്പൻ ഖേദം ആനന്ദൻ അവതാര സംരക്ഷമാ അടുത്ത ദിവസം മല്ലദ്വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് രംഗദ്വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ കുവലയാപീഡത്തിനെ നിർത്തിയിരിക്കുന്നു ആന കുട്ടികൾ പോകുമ്പോ വഴിയിൽ തുമ്പിക്കൈ നീട്ടി തടസ്സം ചെയ്തു ആനക്കാരനോട് ഭഗവാൻ പറഞ്ഞു ആനക്കാര അമ്മാവാ ആനയെ വഴിയിൽ നിന്ന് നീക്കൂ ഇല്ലെങ്കിൽ ആനയും നിങ്ങളെ എല്ലാരെയും കൂടെ ഞാൻ യമലോകത്തിലേക്ക് അയക്കും അംബഷ്ടാബഷ്ടമാർഗം നൌദേഹി അപക്രമമാചിരം നോചേത് സകുഞ്ചരം ത്വാദ്യനയാമി യമസാധനം പാപ്പിഷ്ടേ മാർഗാ ദ്രുതമതി വചസുരക്കുദ്ധുദ്ധേ അമ്പഷ്ട പ്രണോദിജുഷാ ഹസ്തി ഗൃഹ്യമാണ കേളീ മുക്തോദോപീകുചകലശിര സ്ർദ്ദി കുംഭമസ്യ വ്യാഹ്യലീയതവം ചരണഭുവി പുനർനിർഗത വൽഗുഹാസീ ആനയോടുള്ള ഷണ്ഠയാൺ കൃഷ്ണാവതാരത്തിൽ ഒന്നിലേയും സീരിയസ്നെസ്സേ ഇല്ല രാമായണത്തിൽ ഭഗവാൻ ധനുസെടുത്ത് അങ്ങനെ നിൽക്കുന്നു പതിനാലായിരം രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടും എന്ന് പറയുമ്പോൾ വാൽമീകി അങ്ങനെ വർണ്ണിക്കും കാട്ടിലുള്ള വൃക്ഷങ്ങളൊക്കെ നടുങ്ങി വിറച്ചാണ് പ്രാവ്യഥൻ വനദേവതാഹ വനദേവതകൾ പേടിച്ചു വറച്ചു ആ രൂപം എങ്ങനെയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ത്രിപുരദഹനത്തിന് പിനാകമെടുത്ത രുദ്രനെ പോലെ വണ്ടായിരുന്നു എന്നാണ് വാൽമീകി രാമായണത്തിൽ എവിടെയും രാമൻ ധനുസ് എടുക്കുമ്പോ രുദ്രസൈവ പിനാകിനാണ് ഉദാഹരണം ഉപമാ ഇവിടെ യുദ്ധത്തിന് ആനയുടെ കൂടെ ചണ്ടകുടുംബ് കളിയാണ് ഭഗവാൻ ആനയോടുകൂടെ ചണ്ടകുടുംബ് യാതൊന്നുമില്ല ആനയെ അടിച്ച് ചുവട്ടിൽ വീഴ്ത്തി ആ കൊമ്പ് വീഴുത്തെടുത്തു സ്ഥിരപ്രജ്ഞസ്യാ ഭാഷ എപ്പോഴും ആനന്ദം എപ്പോഴും ഒരേ മനസ്സ് ആ കൊമ്പ് വെഴുത്തെടുത്തപ്പോ നല്ല ആനകളുടെ കൊമ്പുകൾക്ക് കൊമ്പിനു പുറകില് മുത്തുകൾ ഉണ്ടാവും അത്രേ വിചിത്രമായ മുത്തുകള് ആനയുടെ കൊമ്പ് വെഴുത്തെടുത്തപ്പോ കൊമ്പിന്റെ പുറകിൽ നിന്ന് കുറെ മുത്തുകൾ ഉതിർന്നു ചവട്ടല് വീണു ആ മുത്തൊക്കെ പെറുക്കിയെടുത്തു ഭഗവാൻ ആനയെ അടിച്ചു കൊന്നിട്ട് ആ മുത്തൊക്കെ പൊറുക്കിയെടുത്തിട്ട് മൂലാത് ഉന്മൂല്യ തൻമൂലമഹിത മഹാമൗക്തികാനി ആത്മമിത്രേ പ്രാദാത്വം ശ്രീരാമാവിനെ അടുത്ത് വിളിച്ചു എന്നിട്ട് ആ മുത്ത് എങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞു ശ്രീരാമാവെ ഈ മുത്തുകൾ കൊണ്ട് ഒരു നല്ലൊരു മാല ഉണ്ടാക്കിയിട്ട് രാധികയ്ക്ക് കൊടുക്കണം എന്നാണ് ഈ മാല കൊണ്ട് രാധികയ്ക്ക് മാല ഉണ്ടാക്കി കൊടുക്കണം ഹാരമേഭി അപ്പോഴും മധുരഭാവമാണ് ആനയോട് ചണ്ടകൂടുമ്പോൾ എന്നിട്ടാ കൊമ്പും കയ്യിലെടുത്തുകൊണ്ട് രംഗദ്വാരത്തിൽ കയറി രംഗദ്വാരത്തിൽ കയറുമ്പോ ഓരോരുത്തർക്കും ഓരോപോലെ ദർശനം ഓരോ പോലെ ദർശനം ഭാഗവിതത്തിൽ ശ്ലോകം വളരെ പ്രസിദ്ധമായ ശ്ലോകം മല്ലാനാം അശനിഹി നൃണാം നരവരഹാം സ്ത്രീണാം സ്മരോമൂർത്തിമാൻ ഗോന അസതാ ശിതിഭുജാ സ്വുത്രോ ശിശു മൃത്യുർഭോജപത്തെ വിരാട വിദുഷാ തരം യോഗിന വൃഷ്ണി പരദേവതേതി വിദിതോ രംഗം ഗത സജതിരി ഇവിടെ ആ ശ്ലോകത്തിനെ സ്വതന്ത്രമായി രചിച്ച്ു പൂർണ ബ്രഹ്മവ സക്ഷാധി പരമാനന്ദസ്രകാശം ഗോപേഷു ത് വ്യസീന ഖലു ബഹുജനൈ തേദി ഭൂ ദൃഷ്ടുപത്തെ പുണ്യകാ ജനൗാ പൂർണ്ണാന വിപാ സരസമഭിജഗുഹൂ ത്വതാനി സ്മൃതാനീ ഓരോരുത്തർക്ക് ഓരോ പോലെ തോന്നുന്നു എന്നാണ് ചാണൂരൻ മുതലായിട്ടുള്ള മല്ലന്മാർക്ക് ഇത് ഇടുത്തീ പോലെ ബലമുള്ള ശരീരമാണെന്ന് തോന്നി നല്ല മനുഷ്യർക്ക് പുരുഷോത്തമൻ എന്ന് തോന്നി സ്ത്രീകൾക്ക് മന്മഥനോ എന്ന് തോന്നി ഗോപന്മാർക്ക് ഞങ്ങളുടെ ആള് എന്ന് തോന്നി സ്വജന അസത്യകളായ രാജാക്കന്മാർക്ക് ഞങ്ങളെ ശാസിക്കാനായ ഒരാൾ വന്നിരിക്കണോ എന്ന് തോന്നി വസുദേവർക്കും ദേവകിക്കും നന്ദഗോപർക്കും യശോദയ്ക്കും ഞങ്ങളുടെ കുട്ടിയല്ലേ എന്ന് തോന്നി കംസനും കാത്തുകൊണ്ടിരിക്കുന്നു വരുന്നു വരുന്നു വരുന്നു കംസൻ നല്ലവണ്ണം കണ്ണു തുടച്ചു നോക്കി അതാ കൃഷ്ണൻ എന്ന് പറഞ്ഞ് കാണിച്ചു നോക്കി കംസന് കൃഷ്ണനെ ഒന്നും കാണാനില്ല ഒരു പോത്ത് അതിന്റെ മേലെ ഒരാളിരിക്കണു കയ്യിലൊരു ഗത ഒരു കയറും ഒക്കെ പിടിച്ചിട്ടിരിക്കണത് അത്ര കണ്ടത് മൃത്യുഹൂ ഭോജപദേഹേം യമനയാണ് ദർശനം കംസന് കണ്ണനെ കണ്ടില്ല മൃത്യുർഭോജപദേ അറിവില്ലാത്തവർക്ക് ബലം പോരാ എന്ന് തോന്നി ബുദ്ധവാദികൾക്ക് ഞങ്ങളുടെ പരദേവത എന്ന് തോന്നി ഗർഗാചാര്യർക്ക് പരബ്രഹ്മം എന്ന് തോന്നി അങ്ങനെയുള്ളപ്പോൾ പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത് നിരവധി പരമാനന്ദ സാന്ദ്രപ്രകാശം എന്ന് ഭട്ടതിരി അതിനെ അങ്ങനെ തന്നെ എടുത്തു പൂർണമായ ബ്രഹ്മം അവധിയില്ലാതെ പരമാനന്ദ സ്വരൂപമായ കട്ട പിടിച്ച പ്രകാശസ്വരൂപം സാന്ദ്രപ്രകാശം ഘനീഭൂതമായ ബോധവസ്തു ചാണൂരനെയും മല്ലനെയും യുദ്ധം ചെയ്യാനായി കംസൻ പ്രേരിപ്പിച്ചു അവരെ രണ്ടുപേരെയും ബലരാമസ്വാമിയും ഭഗവാനുമായി വധിച്ചു ഇവരെ വധിച്ചതോടുകൂടെ കംസൻ അവിടുന്ന് കയ്യിലുവാളുമായി ചാടി ഭഗവാൻ ലഖിംനോത്പത്തെ തലസ മഞ്ചമുത്തുങ്കുമാവശത്ത് ആ മഞ്ചത്തിലെ ചാടിക്കയറി കംസന്റെ തലമുടിക്കെട്ടിലേക്ക് പിടിച്ചു പിടിച്ചു വലിച്ചു ചുവട്ടിലേക്ക് കൊണ്ടുവന്നു നെഞ്ചില് കാലു വെച്ചു നെഞ്ചില് വാളുയർത്തുമ്പോ അനേകകാലമായി താൻ കണ്ടുകൊണ്ടിരുന്ന അതിനെ അവിടെ കംസൻ മുമ്പിൽ കണ്ടു സദ്യോ നിഷ്പിഷ്ടസന്ധിം ഭുവിനരപതിമാത്യ തോപരിഷ്ടാത് ത്യ്യാപാത്യേ തദൈവ ത്തുപരി പതിഗിന്ന പുഷ്പവൃഷ്ടിംകിം ബ്രൂമസ്തീം സതതമപി ഭീയാ ത്വതാത്മാ സഭേജേ സായൂജ്യം ദ്വതോത് പരമപരമിയം വാസന കാലനേമേ കാലനേമി പൂർവജന്മത്തിലെ വാസന കൊണ്ട് ഭയം കൊണ്ട് സദാ ഭഗവാനെ ധ്യാനിച്ച് ഭഗവത്പ്രാപ്തി ചക്രപാണിയായി ഭഗവാനെ കണ്ടുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചു അങ്ങനെ കംസപഥത്തിന് ശേഷം ഉഗ്രസേനെ രാജാവാക്കി ഭഗവാൻ ശാന്ദീപിനിയുടെ ഗുരുകുലത്തിൽ പോയി അറുപത്തിനാല് ദിവസം കൊണ്ട് അറുപത്തിനാല് കലകളും ശാസ്ത്രങ്ങളും പഠിച്ച് ഗുരുപുത്രനെ ദക്ഷിണയായി തിരിച്ചു കൊടുത്തു പഞ്ചജനൻ കൊണ്ടുപോയ ഗുരുപുത്രനെ ശാന്തിപിനി മഹർഷിക്ക് ദക്ഷിണയായി തിരിച്ചു കൊടുത്ത് ഉദ്ധവരെ വിളിച്ച് ഗോപികകൾക്ക് സന്ദേശവുമായിട്ട് പറഞ്ഞയച്ചു അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒരു ഇടവേള